GURUR GURUR DEVO ുർവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഓ സദാശിവസമാരംഭം ശരാചാര് മാധ്യമാ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംപരാ ഇന്നലെ കർമ്മ എന്താണ് കർമ്മത്തിനനുസൃതമായി സംസ്കാരങ്ങളും വാസനകളും പരമ്പരയായി എങ്ങനെ ഉണ്ടാകുന്നു കർമ്മത്തിൻ്റെ തത്വത്തെ എന്തിന് അഥവാ എന്തുകൊണ്ട് നമ്മളറിയണം ഈ വക വിഷയങ്ങളാണ് ആലോചിച്ചത് അവസാനം പറഞ്ഞു വെച്ചത് ഏതൊരു കരണത്തെക്കൊണ്ട് നാം ചെയ്യുന്ന എന്ത് പ്രവൃത്തി രൂപത്തിനും നിശ്ചയമായും അതിനനുസൃതമായ സംസ്കാരമുണ്ടാവും സംസ്കാരം വാസനയായി പരിണമിച്ചാൽ അതിനനുസരിച്ച് വീണ്ടും കർമ്മം ചെയ്തേ മതിയാവും അതിന് വീണ്ടും സംസ്കാരം അതിനാകട്ടെ വീണ്ടും വാസന ഇങ്ങനെ വിശ്രമമില്ലാതെ കർമ്മചക്രം മുന്നോട്ടു പോകും നമ്മൾ കർമ്മബന്ധനത്തിൽ അകപ്പെടും അവിടെയാണ് ഒരു സംശയം വന്നത് ക്രത്തിൽ നിന്ന് മോചനമില്ലേ എപ്പോഴും കർമ്മബദ്ധരായി തന്നെ കഴിയണമോ നമ്മൾ എന്തുണ്ട് മോചനമാർഗം ഇതാലോചിക്കുമ്പോഴാണ് വാസ്തവത്തിൽ കർമാചരണം ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായിരിക്കേണ്ടുന്ന മനോഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ നിബന്ധിക്കുന്നത് കർമ്മങ്ങളല്ല നമ്മൾ അനുഷ്ഠിക്കുന്ന ചെയ്യുന്ന ക്രിയാരൂപങ്ങളല്ല മറിച്ച് കർമാചരണത്തിലുള്ള നമ്മുടെ മനോഭാവമാണ് ഇതാണ് നമ്മളിന്ന് ചിന്തിച്ചു തുടങ്ങുന്ന വിഷയം കർമാചരണത്തിൽ എന്തായിരിക്കണം നമ്മുടെ മനോഭാവം നമ്മൾ ബന്ധിക്കുന്നത് വാസ്തവത്തിൽ കർമ്മത്തോടനുബന്ധിച്ചു കൊണ്ടുള്ള സംഘമാണ് സംഘം ഇത് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഫലം എനിക്ക് ഞാൻ ചെയ്യുന്നത് തന്നെ ഇന്നിന്ന ഫലത്തെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന ഫലത്തെ ലഭിക്കാൻ ഞാനിതായി ഇന്ന കർമ്മം ചെയ്യുന്നു ഇങ്ങനെ അഹങ്കാരം മമത്വം ഞാൻ എന്നുള്ള എൻ്റെ എന്നുള്ള ഈ രണ്ട് സംഘങ്ങൾ ഇതാണ് വാസ്തവത്തിൽ നമ്മളെ കർമ്മത്തിൽ ബന്ധിക്കുന്നത് ക്രിയകളിലൂടെ നമ്മൾ എന്തുദ്ദേശിക്കുന്നു അത് ലഭിക്കുമ്പോൾ സന്തോഷം ലഭിച്ചില്ലെങ്കിൽ ദുഃഖം വിഷാദം ലഭിക്കുന്നതിനാരെങ്കിലും തടസ്സം നിന്നാൽ ക്രോധം ഇങ്ങനെ പല ഭാവ വികാരങ്ങളും മമത്വത്തിൻ്റെ ഫലമായി നമുക്ക് വന്നു ചേരുന്നു നമ്മൾ ഉദ്ദേശിച്ച ഫലസിദ്ധിക്ക് ആരെങ്കിലും ഒരു സഹായം ചെയ്താൽ അയാളുടെ ഒരു പ്രത്യേക മമത്വബന്ധം ആരെങ്കിലും എതിര് നിന്നാൽ ദ്വേഷം വിരോധം ഇങ്ങനെ നാനാവിധ വികാരങ്ങൾ കർമ്മസംബന്ധിയായി നമ്മളിൽ ജനിക്കുന്നു ഇതിനൊക്കെ കാരണം കർമ്മങ്ങളിലുള്ള സംഘമാണ് മഹത്വ സംഘം എൻ്റെ എൻ്റെ എൻ്റെ എന്നുള്ള സംഘം നമുക്കറിയാതെ പലതിലീ സംഘം ഉണ്ടാവും എന്തിനോട് എന്തിനോടൊക്കെ ബന്ധപ്പെടുന്നുവോ അറിയാതെ എൻ്റെ എൻ്റെ എൻ്റെ എന്ന് തോന്നുകയായി എൻ്റെ അത് എൻ്റെ ഇതം ഒരു നിമിഷം ചിന്തിച്ചാൽ ഈ എൻ്റെ എന്ന് പറയുന്നതിൽ എൻ്റെ അർത്ഥമാണുള്ളത് ചിന്തിക്കും ഈ ശരീരത്തിൽ പോലും പൂർണമായ എൻ്റെ എന്ന് പറയാൻ നമുക്ക് ആർക്കും ശരീരത്തിലുള്ള എൻ്റെ പിന്തുടർച്ചയായിട്ടാണല്ലോ മറ്റെല്ലാ എൻ്റെകളും വരുന്നത് എല്ലാ എൻ്റെകളും ശരീരത്തിലുള്ള എൻ്റെ തുടർച്ചയായി നമുക്ക് വരുന്നു ഈ ശരീരത്തിലുള്ള എൻ്റെ തന്നെ എത്ര അർത്ഥരഹിതമെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എപ്പോഴും സുഖം ഉണ്ടാവണം എന്നാഗ്രഹമുണ്ട് രോഗങ്ങളും ക്ലേശങ്ങളും മരണവും ഒന്നും ഉണ്ടാവണ്ടെന്നാഗ്രഹമുണ്ട് പക്ഷെ എപ്പോഴും സുഖം ഉണ്ടാവണം നമുക്ക് എപ്പോഴും സുഖമുണ്ടാവണമുണ്ടോ ഇല്ല നമ്മൾ വിചാരിക്കുക ഏതെങ്കിലും സ്ഥാനമാനങ്ങളോ പദവികളോ കിട്ടിയാൽ സുഖം ഉണ്ടാവുന്നു അത് കിട്ടി നോക്കുമ്പോഴേ അതിൻ്റെ കൊല്ലാപ്പുകൾ അറിയുള്ളൂ അതെ ഇന്നത്തെ പത്രത്തിൽ രസകരമായൊരു പരാമർശം വായിച്ചു എന്നേക്കാൾ കുറച്ചാണ് മോദി ഉറങ്ങുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡൻറ് ഒബാമ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണത് ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും കുറച്ചുറങ്ങുന്ന മനുഷ്യൻ എന്നാണ് ലോകത്തിൽ പക്ഷേ എന്നേക്കാൾ കുറച്ചുറങ്ങുന്ന ആളാണ് മോദിയെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡൻ്റ് പറയുകയാണ് മനുഷ്യനായ കൂടി ഒരു സുഖം കിട്ടണ പരിപാടി ഉറക്കമാണ് സുഖമായിട്ടൊന്നും ഉറങ്ങുക അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവർക്കതിനു സാധിക്കുന്നുണ്ടോ നമ്മുടെ ആയിരിക്കും അവർക്കൊക്കെ വലിയ സുഖമാണ് അവരുടെ കൊല്ലാപ്പം കഷ്ടപ്പാട് അവർക്കല്ലേ അറിയുമോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കഷ്ടപ്പാട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതിൻ്റെ നൂറരട്ടി ഉണ്ടാവും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കഷ്ടപ്പാട് നമുക്കറിയില്ല മര്യാദക്ക് ഉറക്കാൻ പോലും കഴിയുന്നില്ല എന്നാൽ അതേതിനെ കുറച്ച് സമാധാനമായിട്ടുണ്ടാവും കാരണം എന്നേക്കാൾ കുറച്ചാണല്ലോ ഇയാൾ ഉറങ്ങണ എന്നേക്കാൾ കുറച്ചുറങ്ങുന്നൊരു മനുഷ്യനുണ്ടല്ലോ എന്ന് പല ലബ്ധിയിലും സുഖം ഉണ്ടാവും നമ്മൾ വിചാരിക്കും ഇല്ല ഇപ്പൊ സുഖം വേണമെന്നാഗ്രഹിക്കുന്ന നമുക്ക് സുഖം ലഭിക്കുന്നില്ല ദുഃഖവും രോഗവും ക്ലേശവും വേണ്ടെന്നാഗ്രഹിക്കുന്ന നമുക്ക് ദുഃഖവും ക്ലേശവും രോഗവും വരുന്നു എന്നിട്ട് നമ്മൾ പറയുകയാണ് ഞാൻ എൻ്റെ മുമ്പൊരാള് അയാളെ വീട്ടിലേക്ക് വിളിച്ചു സ്വാമി എൻ്റെ വീട്ടിൽ വരണം വളരെ സന്തോഷം ഒരാൾ വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും ചായയോ കാപ്പിയോ എന്തെങ്കിലും തരും ഉറപ്പാണല്ലോ വലിയ സന്തോഷം പോയി ഞങ്ങൾ രണ്ടു പേരും കൂട്ടം നടന്നു ഗേറ്റ് കടന്ന് വലിയൊരു നടയുണ്ട് ഇയാളെ വീട്ടിലേക്ക് രണ്ട് ഭാഗത്തും ചെടികളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അതിൽ നടക്കുമ്പോഴാണ് ഒരു സ്ത്രീ എതിരെ വരുന്നത് സ്വാമി അതെൻ്റെ ഭാര്യയാണ് നല്ല സന്തോഷം അടുത്തെത്തി ഞാൻ പറയാറില്ലേ ചിദാനന്തപുരി സ്വാമി അദ്ദേഹമാണ് അവർ മുഖര് കൂട്ടി നടന്നു പോയിട്ടുണ്ടോ അവിടെ കാണിക്കാൻ വയ്യ ഇയാൾ നോക്കി സ്വാമി ഇത് കൊല്ലം കാണുന്നുണ്ടോ ഏയ് സ്വാമി ഒന്നും കാണില്ല സ്വാമിക്ക് ലോകത്തിലൊന്നും അറിയില്ല ആകാശത്ത് പൊട്ടി വീണതാ നേരെ മുറ്റത്തേക്ക് കയറി കുറച്ച് സ്റ്റെപ്പ് കയറി അവിടെ ഉമ്മറത്തനൊരു മുറിയിൽ വാതില് തുറന്ന് കയറി അവിടെ ഒരു സോഫയിൽ തലകുത്ത മറിയുന്നുണ്ട് ഒരുത്തൻ സ്വാമി അതെന്റെ മകനാണ് അവനോട് ഇയാള് പറഞ്ഞു എടാ ചിദാനന്ദപുര സ്വാമി വന്നിട്ടുണ്ട് വന്ന് നമസ്കരിക്കേ അവനൊരു പോക്ക് പോയിട്ടുണ്ട് അപ്പോഴും അയാൾ ഇടകണ്ണിട്ട് നോക്കി സ്വാമി ശ്രദ്ധിക്കുന്നുണ്ടോ ഏയ് സ്വാമി ഇതൊന്നും കാണില്ല സ്വാമിക്ക് ഇതൊന്നും അറിയില്ല ഈ ലോകത്തിലൊരു വ്യവഹാരങ്ങളും കുറച്ചുനേരം കഴിഞ്ഞപ്പം വേറൊരാള് ഗേറ്റ് കടന്നകത്തേക്ക് വരികയാണ് അയാളെ കാണുന്ന സമയത്ത് തന്നെ ഇയാളുടെ മുഖം വിവർണമാകുന്നു അയാൾ മുറ്റത്തേക്ക് കയറിയപ്പോ ഇയാൾ അട്ടഹസിച്ചു നീനോടല്ലേ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ നീ എന്റെ വീട്ടിലേക്ക് വരുന്നത് എന്തും ഇയാൾ പറയുന്നത് ചോദിക്കുന്നത് ശ്രദ്ധിക്കാതെ അയാൾ നേരെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി അപ്പോഴും ഇയാൾ അടക്കാണ്ടിട്ട് നോക്കി സ്വാമി വല്ല അറിയുന്നുണ്ടോ ഇല്ല സ്വാമിക്കൊന്നും അറിയില്ല ഒറ്റ ചോദ്യം മാത്രമേ ഇവിടെ ശേഷിക്കുന്നുള്ളൂ ഇയാൾ പറഞ്ഞ പോലെ ആരും അനുസരിക്കുന്നില്ല അവിടെ ഇയാൾ വരൂ എന്ന് പറഞ്ഞവരൊന്നും വരുന്നില്ല ഇയാൾ വരണ്ട എന്ന് പറഞ്ഞവർ വരുന്നു എന്നിട്ടും ഇയാൾ പറയുകയാണ് എൻ്റെ വീടെന്ന് എൻ്റെ അർത്ഥമുള്ളത് ഒരു നിമിഷം ചിന്തിച്ച് നോക്കൂ ഒരു നിമിഷം ഇതുപോലെയല്ലേ നമ്മുടെ ശരീരം രോഗങ്ങൾ വരണ്ട എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് രോഗങ്ങൾ വരുന്നു ദുഃഖങ്ങൾ വേണ്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ദുഃഖങ്ങൾ വരുന്നു മരണം വരേണ്ടെന്നാഗ്രഹിക്കുന്നു മരണം വരുന്നു സുഖം വേണമെന്നാഗ്രഹിക്കുന്നു സുഖം വരുന്നില്ല എന്നിട്ട് നമ്മൾ പറയും ഞാൻ എൻ്റെത് ഒരധികാരം ഇല്ലാത്തതിൽ അപ്പം ചോദ്യം അപ്പം പിന്നെ ഞാൻ എൻ്റെ ഇത് പറയരുതോ ഇതിനെ പരിപാലിക്കരുതോ തീർച്ചയായിട്ടും പരിപാലിക്കണം എത്ര നന്നായി ശരീരത്തെ പരിപാലിക്കാമോ അത്രയും നന്നായി പരിപാലിക്കണം പക്ഷേ നമ്മുടെ മനോഭാവം ഒരു ട്രസ്റ്റിയുടെ മനോഭാവമായിരിക്കണം ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഫൗണ്ടർ പല നിയമങ്ങളും എഴുതി വയ്ക്കും ഇന്നപോലെ വേണം ഈ ട്രസ്റ്റ് നടത്താനെന്ന് അതുപോലെ നടത്താനേ ട്രസ്റ്റുകൾക്ക് അധികാരമുള്ളൂ അതിനപ്പുറം അപ്പുറവും ചെയ്യാൻ അധികാരമില്ല അതുപോലെ നമ്മളൊക്കെ ഈ ശരീരത്തെ സംബന്ധിച്ച് ട്രസ്റ്റികളാണ് ഉടമസ്ഥന്മാരല്ല ട്രസ്റ്റി ഉടമസ്ഥനും വ്യത്യാസമുണ്ട് നടത്തിപ്പിന് വിശ്വാസമേൽപ്പിക്കപ്പെട്ടവൻ അവനാണ് ട്രസ്റ്റി നടത്തിപ്പിന് വേണ്ടി വിശ്വാസമേൽപ്പിക്കപ്പെട്ടവന് അതിനെ സൃഷ്ടിച്ചവൻ എഴുതിവെച്ച് നിയമങ്ങളെ പാലിക്കാൻ മാത്രമേ കഴിയൂ വെള്ളം കൊടുത്തോളൂ വെള്ളം കൂടി കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നാനാവിധ രോഗങ്ങൾ വരും കൂടുതൽ കുടിച്ചാലും പ്രശ്നമാണ് ഇത്ര ഭക്ഷണം കഴിച്ചോളൂ കൂട്ടിയാലും കുറച്ചാലും കുറപ്പാണ് ഇത്ര ഉറങ്ങിക്കോളൂ കൂട്ടിയാലും കുറച്ചാലും കുഴപ്പാണ് ഇങ്ങനെ ഈ ദേഹത്തെ പരിപാലിക്കാനേ നമുക്ക് കഴിയുമോ ഇതല്ലേ സത്യം ഒരു നിമിഷം ചിന്തിച്ച് പക്ഷെ ഇതൊന്നും നമ്മൾ ഓർമ്മിക്കാറില്ല എന്നെ ഞാൻ കാണിച്ചു തരാം നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നു പറയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാറ്റ് ചിലപ്പോൾ അങ്ങ് പോവുകയും ചെയ്യും പിന്നെ ആരെ പാഠം പഠിപ്പിക്കാനാണ് ഇതൊന്നും നമ്മൾ ഓർമ്മിക്കാറില്ല ഇതാണ് സത്യം ഇപ്പം ശരീരത്തിൽ പോലുമുള്ള എൻ്റെ എന്നുള്ള വ്യവഹാരത്തിൽ അർത്ഥമില്ലെങ്കിൽ പിന്നെ മറ്റ് എൻ്റെ കളിൽ പറയാനാണ് എന്നാലും നമ്മൾ പറയും ഇതിൻ്റെ ഫലം എനിക്ക് തന്നെ ഇതെൻ്റെ കർമ്മം എൻ്റെ എന്നുള്ള മഹത്വമാണ് നമ്മളെ ബന്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ കേവലം ഫലകാമനയോടുകൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കിട്ടണം അത് കിട്ടണം അങ്ങനെ വിചാരിച്ചത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം ചിലപ്പോൾ സന്തോഷം കൊണ്ട് നശിക്കും മുമ്പൊരിക്കൽ ഒരു വളരെ ദരിദ്രനായൊരു ചായ കച്ചവടക്കാരനുണ്ടായിരുന്നു ഒരു ഗ്രാമത്തില് അന്ന് ഈ ലോട്ടറിക്ക് ഒന്നാം സമ്മാനം ഒരു ലക്ഷം രൂപയാ ഇന്നത്തെ പോലെ കോടിയൊന്നുമില്ല അറുപത്തഞ്ച് ലക്ഷം ഒരു കോടി അതൊന്നുമില്ല ഒരു രൂപ നോട്ട് കൊടുത്താൽ ഒരു ലക്ഷം കൂടെ പോരും അക്കാലമാ ഇയാൾക്കെന്തായാലും ലോട്ടറി ടിക്കറ്റ് അടിച്ചു ഒന്നാം സമ്മാനം ഇയാള് ചായ ഒഴിക്കുന്ന സമയത്ത് ആ വാർത്ത വന്നത് സന്തോഷം കൊണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞു വായി വളക്കല് പിന്നെ പൊട്ടിയിട്ടില്ല പിന്നെ മക്കളാണ് അടപ്പിച്ചത് എന്നോട് കെട്ടിടേന് മുമ്പായിട്ട് തുണി കെട്ടണ വെള്ള തുണിയോട് കെട്ടണേനു മുമ്പായിട്ട് വായ അടപ്പിച്ചത് മക്കളാണ് ഇന്ന് കഥയല്ല ലബ്ധിയിൽ ഹർഷം കൊണ്ട് നശിക്കുന്നു അലബ്ധിയിൽ വിഷാദം കൊണ്ട് നശിക്കുന്നു ആരെങ്കിലും തടസ്സം നിന്നാൽ ക്രോധം കൊണ്ട് നശിക്കുന്നു എന്തായാലും നാശം തന്നെ എൻ്റെ കാരണം ഇവിടെയാണ് കർമ്മത്തോടുള്ള നമ്മുടെ മനോഭാവം ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവം അതാണ് നമ്മൾ ശരിയാക്കേണ്ടത് ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു ഒരു ലളിതമായ സത്യമുണ്ട് വളരെ ലളിതമായൊരു സത്യം അത് നമുക്കെല്ലാവർക്കും കർമ്മത്തിലേ അധികാരമുള്ളൂ ഫലത്തിലധികാരമില്ലെന്നതാണ് ഭഗവാൻ സുവ്യക്തമായി തൻ്റെ ഗീതോപദേശത്തിൽ പറയും കർമ്മത്തിലേ അധികാരമുള്ളു കർമ്മത്തിൽ തന്നെയേ നിനക്ക് അധികാരമുള്ളു മാ ഫലേഷു കഥാച്ചന ഒരിക്കലും നിനക്ക് ഫലങ്ങളിൽ അധികാരമില്ല ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇതുപദേശിക്കപ്പെടുന്ന സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞാൽ കുറച്ചും കൂടി വിപുലമായി പറയണം എന്താ സന്ദർഭം എന്ന് ചോദിച്ചാൽ ഒരു വിജ്ഞാനിയായ മഹാത്മാവിന് സർവത്ര സമദർശിയായ മഹാത്മാവിന് ജീവിതത്തിൽ ഇനിയൊന്നും നേടാനും നഷ്ടപ്പെടാനും ഇല്ലാത്ത കൃതകൃത്യനായൊരു മഹാപുരുഷന് ജീവൻ മുക്തന് അവന് ഒന്നും അവന് ലോകത്തിലും വേദത്തിലും ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല കൃതാർത്ഥനാണ് ഈ വിഷയം ഉപദേശിച്ചു ഭഗവാൻ യാവാൻ അർത്ഥ ഉദപാനേതസംദകേ താവാൻ സർവു വേദേഷ ബ്രാഹ്മണസി സർവതസമ്പ്തോദക എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ മനസ്സ് സങ്കല്പിക്കുക വെള്ളപ്പൊക്കം മഴ പെയ്തു പുഴകളെല്ലാം പൊന്തി അങ്ങനെ ഇപ്പൊ ഒന്നായിട്ടൊരു ജലപ്പരപ്പ പുണ്യനദിയെന്നോ അഴുക്ക് ചാലെന്നോ കിണർ എന്നോ കുളമെന്നോ കക്കൂസ് ടാങ്ക് എന്നോ ഒരു വ്യത്യാസവും ഇല്ല ഒറ്റ ജലപ്പരപ്പ് ഈ സമയത്ത് യാവാൻ അർത്ഥ ഉദപാനെ ഒരാൾക്ക് കിണറിൽ എത്ര താത്പര്യമുണ്ട് അല്ലെങ്കിൽ കുളത്തിൽ എത്ര താത്പര്യമുണ്ട് ഒരാൾ തോണിയിൽ പോയിട്ട് ഇവിടെയായിരുന്നു എൻ്റെ കുളം എന്ന് പറഞ്ഞ് അവിടെ കുളിക്കുമോ എല്ലായിടത്തും വെള്ളം നിറഞ്ഞു വരന്നിരിക്കുക ഈ സമയത്ത് തോണി പോയിട്ട് ഇവിടെയായിരുന്നു എൻ്റെ കിണർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വെള്ളം കോരേണ്ട ആവശ്യമില്ല എല്ലാ വെള്ളവും ഒരുപോലെ അവിടെ പുണ്യമോ പാപമോ ഇല്ല അവിടെ കർത്തവ്യമോ അകർത്തവ്യമോ ഇല്ല വിധി നിഷേധങ്ങൾക്ക് ഉപരിയാണ് അയാൾക്ക് ഒന്നും കർത്തവ്യമായിട്ടില്ല അയാൾ സന്യാസനിഷ്ഠയിൽ കഴിയുന്നു ഇത് പഠിക്കുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് അർജുനനോ മറ്റോ വിചാരിച്ചാലോ എന്ത് ഞാനും ഇതുപോലെയൊക്കെയായി എനിക്ക് കർത്തവ്യമൊന്നുമില്ല എന്നാണ് എങ്കിലത് കുഴപ്പമല്ലേ അത് വിചാരിച്ചിട്ട് അർജുനനോട് ഭഗവാൻ പറയുകയാണെടോ നിനക്ക് കർമ്മത്തിലാണ് അധികാരമെന്ന് ആ ഭാഗമാണിത് തത്കാലം നമ്മൾ ആ ബന്ധം മാറ്റി ശ്ലോകം ചിന്തിക്കുന്നു കർമ്മണ്യം അധികാരസ്ഥേ നിനക്ക് കർമ്മത്തിലേ അധികാരമുള്ളൂ കർമ്മത്തിൽ തന്നെയേ നിനക്ക് അധികാരമുള്ളൂ സാന്ദർഭികമായി പറയട്ടെ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്തെന്ന് പോലും അറിയാത്തവർ കവലകൾ തോറും കവലകൾ തോറും പ്രസംഗിച്ചു നടന്നൊരു ശ്ലോക ഭാഗമായത് ഇപ്പോഴടുത്തൊന്നും അല്ല തൊള്ളായിരത്തി അമ്പത് അറുപതുകളിൽ തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങൾ അതിനും കിട്ടില്ല മുഴുവൻ വൈദിക ശാസ്ത്രങ്ങൾ മുഴുവൻ അന്ധതയാണ് ഭാരതീയ ശാസ്ത്രങ്ങളൊക്കെ അന്ധതയാണ് മനുഷ്യനെ പിന്നോട്ട് നയിക്കുന്നവയാണ് ഒരു ക്ഷേത്രം തകർത്ത് അവിടെ കപ്പ വെച്ചാൽ നാട്ടിൽ അത്രയ്ക്ക് ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്തൊരു കാലമില്ലേ അതെ അപ്പോഴല്ലേ വേദം പഠിച്ചവനെ നോക്കി കളിയാക്കിയത് ചികയുന്നോ ചിരി വരും ചിതലിനിയും ഉണ്ടെന്നോ ചിതയിലേക്ക് അവയെടുത്തെറിയു വേഗം വേദം പഠിക്കുന്ന ആളുകൊണ്ട് ചങ്ങമ്പോഴ പറഞ്ഞതാ ചികയുന്നോ നീ ചികാണോ വേദം ചിരി വരും കാണുമ്പം തന്നെ ചിരി വരും നിന്റെ പരിപാടി കാണുമ്പോൾ ഈ പഴഞ്ചൻ ഓലക്കെട്ട് പരതുന്നത് കാണുമ്പം ചിരി വരും ചിതലിനിയും അതാണോ നീ നോക്കുന്നത് അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്താണ് ചിതയിലേക്ക് അവയെടുത്തെറിയ വേഗം ചെങ്ങമ്പുഴ പാടി ഏറ്റു നമ്മൾ പാടി പക്ഷെ ഇത് പാടിയ ആൾക്കാർ ഇതേപോലെ ബൈബിൾ ജേതയിലേക്ക് എഴുതാത്തറിയാൻ പറഞ്ഞില്ല ഖുറാനെടുത്ത് എറിയാൻ പറഞ്ഞില്ല അല്ല ഒന്ന് പറഞ്ഞാൽ അവൻ പറയേണ്ടതല്ലായിരുന്നു വിമർശനങ്ങളെല്ലാം ഏകപക്ഷീയങ്ങളായിരുന്നു നിന്ദകളെല്ലാം ഒരു സമൂഹത്തിന് നേരെ മാത്രമായിരുന്നു അവിടെ മാത്രമേ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രവർത്തിച്ചിരുന്നുള്ളൂ ആ കാലഘട്ടത്തിൽ മുക്കിലും മുക്കിലും മുക്കിൽ പ്രസംഗിച്ചു നടക്കുന്നവര് പറയുമായിരുന്നു അധ്വാനിക്കുന്ന പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാൻ വേണ്ടി തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിദ്ധാന്തമാണിത് എന്താണ് കർമ്മികാരത്തെ മാബലേഷുപതാചന പണിയെടുക്കാനേ നിനക്ക് അധികാരമുള്ളൂ കൂലി ചോദിക്കാൻ അധികാരമില്ല മുതലാളി എന്താ തെരഞ്ഞെടുത്താൽ വാങ്ങി പോക്കറ്റിലിട്ടോളൂ ധാരാ ഉപദേശിച്ച് മുതലാളിയാണോ തൊഴിലാളിയാണോ എന്നാ നിങ്ങളുടെ അഭിപ്രായം ഭഗവത്ഗീത ഉപദേശിച്ചത് മുതലാളിയാണോ തൊഴിലാളിയാണോ തൊഴിലാളിയാണ് മുതലാളി അർജുനനാണ് പേരാളി അർജുനനാണ് സാരഥി മാത്രമാണ് ശ്രീകൃഷ്ണൻ ഡ്രൈവറാണ് തൊഴിലാളി ഉപദേശിച്ചതാണ് എന്നാ ഈ പ്രസംഗിക്കുന്നവന് ഇതിന്റെ അർത്ഥം വല്ലോ സംസ്കൃതം പഠിച്ചുവോ ഇല്ലാതെ അങ്ങ് പ്രസംഗിച്ചു എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക കർമ്മേ അധികാരസ്ഥേ നിനക്ക് കർമ്മത്തിലേ അധികാരമുള്ളൂ നീ നിന്നെ നിക്ഷിപ്തമായ കർമ്മത്തെ ചെയ്യൂ നല്ലപോലെ പഠിക്കൂ വിദ്യാർത്ഥികൾ ഗൃഹസ്ഥാശ്രമം പുലർത്തുന്നവര് ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളെ നല്ലപോലെ പാലിക്കൂ ഓരോരുത്തരും അവനവൻ്റെ ആശ്രമധർമ്മത്തെ പാലിക്കൂ ചെയ്യാനേ നമുക്ക് അധികാരമുള്ളൂ കർമ്മം ചെയ്യാൻ മാ ഫലേഷു കഥാചനാഭ്യധികാര ഫലങ്ങളിൽ ഒരിക്കലും നമുക്കധികാരമില്ല ഇതൊരു യഥ ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മൾ ഇവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് അവിടെ അഗ്നി നാം നാളങ്ങൾ ഉയരുന്നു എനിക്കിവിടുന്ന് എഴുന്നേറ്റ് പോയി ആ അഗ്നി നാളമൊന്ന് തൊടാം അവിടെ വിരൽ വെക്കാം അവിടെ വിരൽ വെക്കാതെ ഇവിടെ തന്നെ ഇരിക്കാം പക്ഷേ അവിടെ വിരൽ വെച്ചാൽ പൊള്ളും എന്നുള്ളതിൽ എനിക്ക് അധികാരമുണ്ടോ ഇതിലെനിക്ക് അധികാരമുണ്ട് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട് അതെ അല്ലെങ്കിൽ ആ കെട്ടിടത്തിനെ മണ്ടേ പോയി കയറി തലകുത്തനെ ചാടാൻ എനിക്ക് അധികാരമുണ്ട് ചാടാതിരിക്കാം ചാടാം പക്ഷെ അവിടുന്ന് ചാടി കഴിഞ്ഞാൽ തലപൊട്ട് ചത്തുപോകും അല്ലെങ്കിൽ നട്ടെല്ലാം പൊട്ടിയിട്ട് അരക്കിൽ താരോട്ട് സ്വാധീനം ഇല്ലാണ്ട് കിടക്കും ഇതിലെനിക്ക് അധികാരമുണ്ടോ ഉണ്ടോ ഇല്ല നമുക്ക് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ ഇതൊരു സത്യമാണ് ഇതിനപ്പുറത്തുണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ തെറ്റിപ്പോയി ഫലത്തിൽ നമുക്ക് അധികാരമില്ല ഫലത്തിൽ നമുക്ക് അധികാരം കർമ്മദ്വാരേണയാണ് അതുകൊണ്ട് നല്ലോണം കർമ്മം ചെയ്തോളൂ നല്ലോണം ഫലം ഉണ്ടാവും അല്ല കർമ്മം മോശമായോ ഫലവും മോശമാവും അപ്പം നമുക്ക് ഫലത്തെ നന്നാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ കർമ്മത്തെ നന്നാക്കുക നമ്മളെ മേഖല ഏതാണോ കൃഷിക്കാരാണോ നല്ലവണ്ണം കൃഷി ചെയ്യാം കച്ചവടക്കാരാണോ നല്ലവണ്ണം കച്ചവടം ചെയ്യാം മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണോ ശുദ്ധമായ സ്ഥാപനത്തിനോട് കൂറോടുകൂടി ജോലി ചെയ്യാം ചെയ്യുന്ന ജോലി കുശലതയോടുകൂടി ചെയ്യാം ആരെയും കാണിക്കാനല്ല ചെയ്യാനുള്ളത് കർത്തവ്യം ഭംഗിയായി ചെയ്യാം കർമ്മം നന്നായാൽ ഫലവും നന്നാവും പലപ്പോഴും നമ്മൾ കർമ്മത്തെ നന്നാക്കുന്നതാണോ ഏറെ ആലോചിക്കാറല്ല ഫലത്തെ നന്നാക്കുന്നതാണോ ആലോചിക്കാറ് തൊഴിൽശാലകളിൽ പോയി കഴിഞ്ഞാൽ വിദ്യാലയങ്ങളിൽ അധ്യാപകര് ഒത്തുചേരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ജീവനക്കാർ ഒത്തുചേരുമ്പോൾ അവർ കൂടുതൽ പറയാറ് എങ്ങനെ ജോലി നമുക്ക് നന്നാക്കി തീർക്കാൻ പറ്റും എങ്ങനെ നമ്മുടെ ജോലി നന്നായി ചെയ്ത് രാഷ്ട്രത്തെ നമുക്ക് ഉയർത്താൻ സാധിക്കും എന്നുള്ളതാണോ ചർച്ചാ വിഷയം അല്ല ജോലി കൂടില്ലയേ ശമ്പളെപ്പോഴാണ് കൂട്ടണത് ഡി എ കൂടാനുള്ള വല്ല വകുപ്പുണ്ടോ എന്തൊക്കെയാ വർത്തമാനങ്ങൾ ഇതല്ലേ അധികം പറയുക ഏതാ പറയുക ചിന്തിക്കടിസ്ഥാനപരമായി കർമ്മത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ഫലത്തിലല്ല ഫലം സ്വാഭാവികമായ പ്രകൃതി നിയമം അനുസരിച്ച് ലഭിക്കും ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ കർമ്മബദ്ധരാവില്ല എന്തുകൊണ്ട് ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു എന്റെ ഭാഗം ഞാൻ ഭംഗിയായി ചെയ്തു എന്റെ ഭാഗത്ത് ഒരു ലോപം വന്നിട്ടില്ല അത്രയല്ലേ എനിക്ക് സാധിക്കൂ ഒരു ന്യൂനതയും വന്നിട്ടില്ല എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രവർത്തിച്ചു അത്ര എനിക്ക് സാധിക്കൂ ഫലം വരട്ടെ വരാതിരിക്കട്ടെ ശാന്തമാണ് മനസ്സ് നേരെ മറിച്ച് ഫലകാമനകളാൽ ബന്ധിക്കപ്പെട്ട മനസ്സ് അശാന്തമാണ് ശ്രദ്ധിക്കുക വാസ്തവത്തിൽ ഈ ഫലകാമനരഹിതമായി കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം എന്ന് നമ്മൾ പറയുന്നത് കർമ്മവും കർമ്മയോഗവും ഇപ്പം നമ്മൾ ചെയ്യുന്ന അതേ കർമ്മം ഒരു മാറ്റവും ഇല്ല അത് തന്നെ കർമ്മയോഗമായി പരിണമിക്കുന്നു എപ്പോൾ ഈ രഹസ്യം മനസ്സിലാക്കി ഫലകാമനയില്ലാതെ ചെയ്യുമ്പോൾ കാരണം എനിക്ക് അതിലേ അധികാരമുള്ളൂ അധികാരമില്ലാത്തതെന്ന് ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം ഒരു പ്രയോജനമില്ല അധികാരം എവിടെയാണോ അത് ഭംഗിയായി ചെയ്യാം ശാന്തമാണ് ശാന്തഭാവമുള്ള ഒരാൾക്ക് അവനവന് നിക്ഷിപ്തമായ കർമ്മത്തെ നന്നായി ചെയ്യാൻ കഴിയും യാതൊരാളുടെ മനസ്സ് അശാന്തമാണോ അയാൾ ഒരു കർമ്മത്തെയും ഭംഗിയായി ചെയ്യില്ല ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ തത്വം മനസ്സിലാക്കുന്നതോടു കൂടെ നമ്മുടെ കർമ്മം തന്നെ ശുദ്ധമായി തീരും മാത്രമല്ല അതിൻ്റെ ഫലത്താൽ ബന്ധിക്കപ്പെടുകയും ഇല്ല അതുകൊണ്ട് ഈ തത്വം എപ്പോഴും ഓർമ്മിക്കുക ജീവിതത്തിൽ തുടർന്ന് ഭഗവാൻ പറയുകയാണ് നീ കർമ്മഹേതു ആവരുതേ നീ കർമ്മഫലഹേതു ആവരുതേ എന്ന് പറഞ്ഞാൽ അർത്ഥം കേവലം ഫലം ലഭിക്കാൻ വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവനാകരുതേ നീ കേവലം ഫലം ലഭിക്കാൻ വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവനാവരുതേ നീ മറിച്ച് കർത്തവ്യമെന്നറിഞ്ഞ് കർമ്മം ചെയ്യൂ കർത്തവ്യമാണെന്ന് അറിഞ്ഞ് കർമ്മം ചെയ്യൂ കർത്തവ്യമാണിത് എന്നാൽ ചെയ്യപ്പെടേണ്ടതാണ് വന്നു ചേരുന്നത് അതുകൊണ്ട് ഇതിനെ കുശലതയോടുകൂടി ചെയ്യേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്ന ബോധത്തോടുകൂടി കർമ്മം ചെയ്യും അതെ അങ്ങനെ കർത്തവ്യതാ ഭാവത്തോടു കൂടി നമ്മൾ നമ്മളിൽ നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മങ്ങളെ ചെയ്യുക അപ്പം നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമാകും എപ്പോഴും തുറന്ന വീക്ഷണത്തോടു കൂടി ജീവിതത്തെ നോക്കി കാണാൻ നമുക്ക് സാധിക്കണം കർമ്മഫല ഹേതുർഭ കർമ്മഫലത്തിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവൻ ആവരുത് നീ മാർമ്മേ നിനക്ക് അകർമ്മത്തിൽ സംഘം വരാതിരിക്കട്ടെ നീ മടിയനായി പോവാതിരിക്കട്ടെ ഒന്നും ചെയ്യാതിരിക്കുന്നവനാവരുത് നീ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം അതേ സമയത്ത് അതിൻ്റെ ഫലത്താൽ ബന്ധിക്കപ്പെടരുത് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുകയും ഫലത്താൽ ബന്ധിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിനാണ് കർമ്മയോഗം എന്ന് പറയുക ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് യോഗ കർമ്മസു കൗശലം യോഗം എന്നത് കർമ്മങ്ങളിലുള്ള കൗശലമാണ് കൗശലമാണ് അവിടെ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഭാഷ്യത്തിൽ വ്യക്തമായി പറഞ്ഞു തരും എന്താണ് ഈ കൗശലം ചെയ്യാനുള്ളത് ചെയ്യുന്നു പക്ഷേ ബന്ധിക്കപ്പെടുന്നില്ല ഇവിടെ ഒരു ചർച്ച വരുന്നുണ്ട് ശരിയാണ് നമുക്ക് കർമ്മത്തിലെ അധികാരമുള്ളു ഫലത്തിലെ അധികാരമില്ല എന്ന് പറഞ്ഞത് മനസ്സിലായി അനേക ദൃഷ്ടാന്തങ്ങൾ സഹിതം നമ്മൾ ചിന്തിച്ചു തീ തൊടാം തൊടാതിരിക്കാം പക്ഷേ കൊള്ളുമെന്നുള്ളതിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല അതുപോലെ അനേക ദൃഷ്ടാന്തങ്ങൾ ചിന്തിച്ചോളൂ ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥ ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഫലം സ്വാഭാവികമായി വരുന്നതാണ് നമുക്ക് അധികാരമില്ല ഇത് മനസ്സിലായി എങ്കിലും കർമ്മം ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാതെ ഒരു മമത്വം കൂടെ വന്നു എത് ഇതെങ്ങനെ നമുക്ക് ക്രമീകരിക്കാം ഇവിടെ ഒരു ഉപായം ഭഗവാൻ തന്റെ ഗീതോപദേശത്തിൽ പറഞ്ഞു ഈ ഫലകാമനാരഹിതമായി കർമ്മം ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കും കാരണം ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ആചരിക്കാനൊട്ടും എളുപ്പമല്ല അറിയാതെ കർമ്മത്തോട് ചേർന്ന് എൻ്റെ എൻ്റെ എന്നുള്ളത് വരികയാണ് ഞാൻ എന്തു ചെയ്യും താത്വികമായി ഞാൻ മനസ്സിലാക്കുന്നു താത്വികമായി മനസ്സിലാക്കുന്നു പക്ഷേ അറിയാതെ എൻ്റെ വന്നു ചേരുന്നു ഇവിടെയാണ് ഭഗവാൻ നമുക്കൊരു ഉപായം പറഞ്ഞു തരുന്നത് ഈശ്വരാർപ്പണ ഭാവത്തോടുകൂടി കർമ്മം ചെയ്യും നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും വന്നു ചേരാൻ സാധ്യതയുള്ള മഹത്വത്തെ ഇല്ലാതാക്കാൻ ഒറ്റ വഴിയുള്ളൂ ഈശ്വരാർപ്പണഭാവത്തോടു കൂടി ചെയ്യുക ആ കർമ്മം ചെയ്യുമ്പോൾ അറിയാതെ മമത്വം ചേരുന്നുണ്ട് അറിയാതെ നോക്കൂ ലോകത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായി മാനിക്കപ്പെടുന്നൊരു ബന്ധം പറയാം മുലയൂട്ടുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഏറ്റവും ഉത്കൃഷ്ടമാണ് പക്ഷെ അവിടെ പോലും അറിയാതെ സങ്കല്പങ്ങൾ വന്നു ചേരുന്നുണ്ട് അറിയാതെ ഇപ്പം ഞാൻ കുഞ്ഞിനെ നോക്കുന്നു വലുതാവുമ്പോൾ അത് എന്നെ നോക്കുമായിരിക്കും നോക്കും നോക്കും ആകണം നോക്കും അപ്പം ഉത്കൃഷ്ടതമെന്ന് പറയപ്പെടുന്ന മാതൃപുത്രബന്ധത്തിൽ പോലും അറിയാതെ മമത്വഭാവന കലരുകയാണ് ചിന്തിക്കുക പലരും മരിക്കണ സമയത്ത് ബന്ധുക്കൾ കരയുന്നത് കേട്ടിട്ടില്ലേ ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യ കരയുന്നു ഭാര്യ മരിച്ചപ്പോൾ ഭർത്താവ് കരയുന്നു എന്നെ പോയി പോയതിലല്ല വിഷമം പോയത് പോട്ടെ പക്ഷെ എന്നെ ഒറ്റയ്ക്കാക്കി എന്നുള്ളതിലാ ചിന്തിക്കുക അയാൾ പോയതിൽ പ്രശ്നമില്ല പിന്നെ പോകണ്ടേ വന്നാൽ പിന്നെ പോകണ്ടേ പക്ഷെ ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ സംഘം വരുന്ന രീതി അതുകൊണ്ട് അറിയാതെ കർമ്മത്തോട് ചേർന്ന് വന്നു ചേരുന്ന സംഘത്തെ ജയിക്കുക എന്നുള്ളത് പ്രസംഗിക്കാൻ എളുപ്പമാണ് പക്ഷെ ജീവിതത്തിൽ അത്ര എളുപ്പമല്ല അറിയാതെ അറിയാതെ എൻ്റെകൾ വരികയായി എങ്ങനെയൊക്കെയാ വരണമെന്ന് പറയാൻ പറ്റില്ല ഒരു ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിട്ടിരിക്കുക ട്രാക്കിൽ പുറമെ നിന്നൊരാള് ഒരു സീറ്റിലേക്ക് കൊടയിട്ടു അതിൻ്റെ അർത്ഥം അയാളുടെ കുടം നഷ്ടപ്പെട്ടു എന്നാണോ അല്ല സീറ്റ് ബുക്ക് ചെയ്തു എന്നാണോ അറിയില്ല എന്തായാലും കൊള്ളാം കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അതേ സീറ്റിലേക്ക് വേറൊരാളും കൊണ്ട കിട്ടും കാരണം ഈ കുട അയാൾ കാണുന്നില്ല ബസ് ട്രാക്കിലാണെങ്കിൽ പുറത്തുനിടുന്നതാണ് കുറച്ച് നേരം കഴിഞ്ഞു രണ്ടാളും വന്നു അപ്പോൾ സീറ്റ് ബുക്ക് ചെയ്താണല്ലോ ഇതിന് തിരക്കൊന്നും ഇല്ലല്ലോ കയറാൻ എല്ലാ സീറ്റിലും ആൾക്കാർ നിറഞ്ഞു ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റിലും ആളെന്ന് പറഞ്ഞു ഒരു സീറ്റ് രണ്ട് കൊട രണ്ടു പേരും പറഞ്ഞു ഇതെൻ്റെ സീറ്റാണ് ഇതെന്റെ സീറ്റാണ് രണ്ട് പേരും തമ്മിൽ വലിയ വഴക്കായി വഴക്ക് മൂത്തും പരിഹാരമില്ല ഇതെന്റെ സീറ്റാണ് ഈ എഴുപത് വയസ്സ് കഴിഞ്ഞ രണ്ട് കൊച്ചുകുട്ടികളും കൂടി ഈ കൊടകൊണ്ട് നമ്മൾ തല്ലാൻ തുടങ്ങി അവിടെ കുടകൊണ്ട് നമ്മത്തെല്ലാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട് കാരണം എന്ത് ഹേതുവായിട്ടാണോ സീറ്റിനോട് മമത്വം വന്നത് ആ ഉപാധിയെടുത്തിട്ട് തല്ലാൻ തുടങ്ങി കണ്ടക്ടറും എല്ലാം വന്ന് രണ്ടാളെയും പിടിച്ച് നിങ്ങൾ പുറത്ത് വന്ന് ഞങ്ങൾക്ക് പോകണം എങ്ങനെയൊക്കെയാണ് മമത്വം വന്ന് ചേരുന്നത് എന്തിനോടൊക്കെയാണ് മമത്വം വന്ന് ചേരുന്നത് ഒരു ബന്ധമില്ലാത്ത വിഷയങ്ങൾ ഒരിക്കൽ നമ്മൾ ട്രെയിനിലിങ്ങനെ പോവുകയാണ് പട്ടാമ്പി കഴിഞ്ഞു ഷൊർണൂരിനു മുമ്പാണ് ട്രാക്കിൽ റിപ്പയർ റെയിൽവേ ട്രാക്കിൽ അത് ട്രെയിൻ അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ നടന്നാൽ പോലും അതിനേക്കാൾ മുമ്പിലെത്തും അത്ര പതുക്കെയാണ് പോണത് അപ്പോൾ സൈഡിലുള്ളൊരു പറമ്പിൽ തേങ്ങ പറയ്ക്കുന്നുണ്ട് ഇന്നും മുമ്പിലിരിക്കുന്ന രണ്ട് വൃദ്ധന്മാരാണ് ഒരാൾ പറഞ്ഞു ഒരഞ്ഞൂറ് തേങ്ങ കാണും ആ പറമ്പിൽ ഒരു വലിക്ക് എന്തഞ്ഞൂറ് ആയിരത്തിന് മുകളിൽ ഉണ്ടാവും മറ്റേ ആൾ പറയും എന്ത് അഞ്ഞായിരം ഒന്നും ഉണ്ടാവില്ല ഒരു അഞ്ഞൂറിനു ചുറ്റിപ്പറ്റി ഉണ്ടാവുകയുള്ളു അല്ലെന്നേ ഒരായിരത്തിന് മുകളിൽ ഉണ്ടാവും രണ്ട് മൂന്നാല് പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് തെറ്റി രണ്ടാവുള്ളൂ അഞ്ഞൂറേ ആയിരം എന്തായിരം ആയിരം ഒന്നുമില്ല അഞ്ഞൂറ് ലഹള മൂത്തു അടിയുടെ വക്കിലെത്തി അവസാനം ഞങ്ങൾ രണ്ടു മൂന്ന് പേര് കൂടി രണ്ടുപേരെയും പിടിച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റി എന്നിട്ട് അപ്പുറത്തിരുന്നായോട് പറയാ അവൻ്റെ ഒരു അഞ്ഞൂറേ അവിടുന്ന് അവൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് കഥയല്ല ഉണ്ടായ സംഭവം മാത്രമായി പറയണതൊക്കെ എന്ത് ബന്ധമാണുള്ളത് അവിടെയും എൻ്റെ അഭിപ്രായം ശരി വണ്ടി വഴിയിലൂടെ കടന്നു പോകുന്നു വഴിയോരക്കാഴ്ച കാണുന്നു കണ്ടാസ്വദിക്കട്ടെ എല്ലാ വഴിയോര കാഴ്ചകളെയും കണ്ടാസ്വദിക്കാൻ പഠിക്കണം വഴിയോര കാഴ്ചകളിൽ ബദ്ധരായി പോകരുത് ജീവിതത്തിൽ പല വഴിയോര കാഴ്ചകളും വന്നുപോകും എല്ലാത്തിനെയും കണ്ടാസ്വദിക്കുക സുന്ദരമാണ് ഈ ലോകം നമ്മുടെ മനോഭാവം ഒന്നു ശരിയാ മതി ലോകം സുന്ദരമാണ് എന്തൊക്കെ കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ അതൊക്കെ കണ്ട് സന്തോഷമായിട്ട് പോയിക്കൂടെ പക്ഷേ വഴിയോരക്കാഴ്ചയായി എടുക്കേണ്ടുന്ന വിഷയങ്ങളിൽ അറിയാതെ മമത്വം കടന്ന് കൂടിക്കഴിഞ്ഞാൽ പോയി ബന്ധിക്കപ്പെട്ടു എന്നിരിക്കെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈ മമത്വ ബന്ധം വരാതിരിക്കാൻ എന്താ വഴി അവിടെയാണ് ഭഗവാൻ പറഞ്ഞത് ഈശ്വരൻ അർപ്പിതമായി ചെയ്തോളൂ എൻ്റെ കർമ്മങ്ങളിലൂടെ ഞാൻ ഈശ്വരനെ പൂജിക്കുകയാണെന്ന മനോഭാവം വളർത്തിയെടുക്കും ർപ്പണം നീ എന്ത് ചെയ്യുന്നുവോ ഈ ലോകത്തിൽ നീ എന്താണോ ചെയ്യണത് പല ജോലികൾ നമ്മൾ ഓരോരുത്തരും ചെയ്യണം എന്താണോ അത് നീ എന്ത് ഭക്ഷിക്കുന്നുവോ നീ എന്ത് ഭക്ഷണം കഴിക്കുന്നുവോ ജുഹോഷി നീ എന്ത് ഹോമിക്കുന്നുവോ ഹോമം ചെയ്യുമ്പോൾ അഗ്നിഹോത്രത്തിൽ നീ എന്ത് ദാനം ചെയ്യുന്നുവോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തെയും ഭഗവാൻ ചൂണ്ടിക്കാണിക്കുകയാണ് എ തപസ്സ്യസി നീ എന്ത് തപസ്സനുഷ്ഠിക്കുന്നുവോ ഇപ്പോൾ ലൗകികമായി നീ എന്ത് ചെയ്യുന്നുവോ യോഷി യശ്നാസി നീ എന്ത് ഭക്ഷിക്കുന്നുവോ യുഹോഷി നീ എന്ത് ഹോമിക്കുന്നുവോ ദാസി നീ എന്ത് ദാനം ചെയ്യുന്നുവോ എ തപസ്സസി നീ എന്ത് തപസ്സനുഷ്ഠിക്കുന്നുവോ ഹേ അർജുന നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ് തത് പുരുഷ മതർപ്പണം അത് മുഴുവൻ എന്നിനർപ്പിച്ചു ചെയ്യൂ നിൻ്റെ ഓരോ കർമ്മവും ഈശ്വരാർപ്പണമാകട്ടെ നമ്മുടെ കർമ്മം ഈശ്വരാർപ്പണമായി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം സ്വാഭാവികമായി പ്രസാദമാണ് അർപ്പണഭാവം നമുക്ക് വന്നാൽ അതിൽ നിന്ന് വന്നു ചേരുന്നത് പ്രസാദമാണ് പ്രസാദത്തിൽ ആരും ബദ്ധരാവാറില്ല പ്രസാദ ദൃഷ്ടി കൈവന്നു കഴിഞ്ഞാൽ പിന്നെ ഗുണദോഷ വിചാരം അവിടെയില്ല ഭഗവാന്റെ പ്രസാദമാണെല്ലാം ജീവിതത്തിൽ സുഖം വരട്ടെ ദുഃഖം വരട്ടെ ഭഗവാന്റെ പ്രസാദമാണ് സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാവും ഉറപ്പാണ് ദുഃഖമുണ്ടെങ്കിൽ സുഖമുണ്ടാവും ഏതെങ്കിലും ഒന്നു മാത്രം എനിക്ക് വേണ്ടു പറഞ്ഞാൽ സാധ്യമല്ല ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചം ഉണ്ടാവും വിളിച്ചോണ്ടെങ്കിൽ ഇരുട്ടുണ്ടാവും ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും നമ്മളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിന്ദിക്കുന്നുണ്ടാവും ഉറപ്പാണ് ആരെങ്കിലും പൂജിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പരിഭവം പറയുന്നുണ്ടാവും സംശയമില്ലാത്ത വിഷയമാണ് ശീതമുണ്ടെങ്കിൽ ഉഷ്ണമുണ്ടാവും ഉഷ്ണമുണ്ടെങ്കിൽ ശീതമുണ്ടാവും ജീവിതത്തിൽ ദ്വന്ദ്ങ്ങൾ അവശ്യം ഭാവിയാണ് അവശ്യം ഭാവിയാണ് ഇത് മാറ്റാൻ നമുക്ക് കഴിയില്ല ദ്വന്ദ്ങ്ങളോടുള്ള നമ്മുടെ മനോഭാവം മാറ്റാനേ കഴിയും അപ്പോൾ എൻ്റെ കർമ്മങ്ങളിലൂടെ ഞാൻ ഭഗവാനെ പൂജിക്കുകയാണ് ചെയ്യുന്നതെന്ന ഭാവന അയാളെ സംബന്ധിച്ച് ഫലം ഭഗവാന്റെ പ്രസാദമാണ് പ്രസാദബുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദ്വന്ദ് വരില്ല ദ്വന്ദ്മുണ്ടെങ്കിൽ പ്രസാദ ബുദ്ധി വന്നിട്ടില്ല എങ്ങനെ ഭഗവാന്റെ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തതിൻ്റെ അർത്ഥം ഭഗവാനെ ഞാനിതൊക്കെ അവിടെ അർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ ഇതൊക്കെ ഞാൻ അവിടെ അർപ്പിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല ഒരു പ്രയോജനമില്ല പറയാൻ ആർക്കും സാധിക്കുക ഒരിക്കൽ ഒരു സന്യാസി ആശ്രമത്തിൽ വന്നു വളത്തൂരിലല്ല ഗുജറാത്തിലുള്ള സമയത്താണ് എന്നു സ്വാമിജി അദ്ദേഹത്തോട് പേര് ചോദിച്ചു എവിടുന്നാണ് വരണതെന്ന് ചോദിച്ചു സന്യാസിക്കോട് എന്ത് പേര് ചോദിക്കാം സന്യാസി എവിടുന്ന് വരുന്നു എവിടുന്ന് പോകുന്നു എന്ത് ചോദിക്കാം സന്യാസിക്കലെല്ലാം സമം ആ ശരി സന്തോഷം അങ്ങിയിരിക്കും ഇരുന്നു വെള്ളമൊക്കെ കൊടുത്തു നമ്മള് ഭക്ഷണം പാചകം ചെയ്യായിരുന്നു അടുക്കളയിൽ പരിപ്പ് കറി ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട് സ്വാമിജി വരികയും ചെയ്തിട്ട് കൈ നിറയെ രണ്ട് പിടി ഉപ്പങ്ങട്ടിട്ടു അതിലേക്ക് രണ്ട് പിടി നിറയെ ഉപ്പ് എന്താ ചെയ്യണത് ഉപ്പാ അത് കിടക്കട്ടെ ചിത എന്താ അവിടെ കിടക്കട്ടെ എന്തോ പരിപാടി ഉണ്ടെന്ന് മനസ്സിലായി ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മേന ഗാന്ധവ്യം ബ്രഹ്മകർമ്മ സമാധീന ഓം ശാന്തി ശാന്തി ശാന്തി വായിൽ വയ്ക്കാൻ പറ്റുമോ ഉപ്പായിട്ട് കഴിക്കുക അല്ലാണ്ട് നിവൃത്തിയില്ല എല്ലാവർക്കും ഒന്നു തന്നെയാണ് വിളമ്പിയത് അല്ലാണ്ട് വേറെ ഞങ്ങൾ കഴിച്ചു എങ്ങനെയാണ് കഴിച്ചതെന്നാണെന്ന് ചോദിക്കരുത് കഴിച്ചു ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഇയാൾ പുകഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കളിക്കുകയാണ് എന്താ മഹാത്മാ അങ്ങ് കഴിക്കാത്തത് അല്ല അതെല്ലാം ഉപ്പ് ഉപ്പ് കുറവുണ്ടോ എന്താ വേണം കുറച്ചുകൂടി ഒന്നും എന്താ വേണ്ടത് അല്ലേ ഉപ്പ് കുറവല്ല ഉപ്പ് വളരെ ഉപ്പേ ഉള്ളൂ അതെയോ അങ്ങ് സന്യാസി ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എല്ലാം ഈശ്വരർപ്പണമല്ലേ കഴിച്ചുകൂടെ ഞാൻ കഴിക്കാണ്ട് എണീട്ട് പോയി സന്തോഷം വളരെ സന്തോഷം ഇത് കഥയല്ല ഉണ്ടായ സംഭവമാണ് ഞങ്ങൾ സുഖമായിട്ട് കഴിക്കുകയും ചെയ്തു ഒക്കെ ഈശ്വരർപ്പണമെന്ന് പറയാൻ എളുപ്പം കഴിയും ശരിയായ ഭാവന നമ്മളിൽ വളരണം അതെങ്ങനെ വളരും ഈ പ്രപഞ്ചത്തെ ഒന്ന് നിരീക്ഷിക്കും എങ്ങനെ ഈ ഭാവനയെ വളർത്തിയെടുക്കാൻ കഴിയും ഭഗവാൻ അതിന് നമുക്കൊരു മന്ത്രം പറഞ്ഞു തരുന്നുണ്ട് ഗീതയിൽ യഥ്രവൃത്തിർ ബോധാനാം സർവമിതം തം സ്വകർമ്മ തമഭ്യർച്ച മാനവഹ അപ്പം നേരത്തെ പറഞ്ഞത് എല്ലാം ഈശ്വരാർപ്പണയായി ചെയ്യുന്ന എങ്ങനെ ഈശ്വരാർപ്പണയായി ചെയ്യാൻ കഴിയും അതിനുള്ളൊരു വീക്ഷണമാണ് ഇവിടെ തരുന്നത് യഥൃത്തിർഭൂതാനാം നീ ഒന്ന് നോക്കൂ ലോകത്തെ ഈ പ്രപഞ്ചത്തെ നീ നിരീക്ഷിക്കോ എത്രയോ ലക്ഷക്കണക്കിന് ജീവരാശികൾ എന്തെല്ലാം ഗ്രഹനക്ഷത്രാദി സംഘാതങ്ങൾ ഇതൊക്കെ എവിടുന്നാണ് ജനിക്കുന്നത് കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ടായിരിക്കണം കാരണമില്ലാതെ കാര്യമുണ്ടാവില്ല അത് ഉറച്ചു മനസ്സിലാക്കണം എന്നാലേ ശാസ്ത്രചർച്ച ചെയ്യാൻ പറ്റൂ ശാസ്ത്രചർച്ച ചെയ്യണമെങ്കിൽ ഈ അടിസ്ഥാന സിദ്ധാന്തം നമ്മൾ ബോധിച്ചിരിക്കണം കാര്യമുണ്ടെങ്കിൽ കാരണം ഉണ്ടാകും കാരണത്തിൽ നിന്നാകുന്നു കാര്യം ആകസ്മികം എന്നൊന്നും ഈ ലോകത്തിലില്ല ആക്സിഡൻറ്റ് എന്നൊന്നില്ല കാര്യകാരണ ബന്ധം സർവത്ര ഉണ്ട് അപ്പോൾ യഥ പ്രവൃത്തിർഭൂതാന എവിടെ നിന്നാണ് ഈ ഭൂതങ്ങൾ മുഴുവൻ പ്രവൃത്തമാകുന്നത് ഉദ്ഭവിക്കുന്നത് എല്ലാ ജീവരാശികളുടെയും കാരണം എന്താണ് ഒന്ന് ചിന്തിക്കൂ ജഡമായ ഒന്നിൽ നിന്നാവാൻ തരമില്ല അചിന്ത്യരചനാരൂപമായ അത്യന്ത കുശലന്മാരായ ശില്പികൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വൈഭവത്തോടു കൂടിയതാണ് മഹിമയോടുകൂടിയതാണ് ഈ സൃഷ്ടിജാലങ്ങൾ ദേശകാല പ്രതി നിയമങ്ങൾ അത്ഭുതകരമായ ഒരു ചൈതന്യ സ്വരൂപത്തിൽ നിന്നേ ഈ സൃഷ്ടി ഉണ്ടാവാൻ തരമുള്ളൂ യഥ പ്രവൃത്തിർഭൂതാന സർവമിതം തത്തം ഇതം സർവം ഏന തത്തം ഈ സൃഷ്ടിക്കപ്പെട്ട സകലവും എന്തിനാൽ വ്യാപ്തമാണ് എന്ന് ചിന്തിക്കൂ എന്തിനാൽ വ്യാപ്തമാണ് എന്തിൽ നിന്ന് ആവിർഭവിച്ചു എന്തിനാൽ നിലനിൽക്കുന്നു അത്ഭുതകരമായ അചിന്ത്യമായൊരു നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് എല്ലാം നിലനിൽക്കുന്നെന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും അതെ അണു മുതൽ വരെ സകലവും ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാണെന്ന് മനസ്സിലാവും ജ്ഞവൽക്ക മഹർഷി പറയുകയാണ് അല്ലയോ ഗാർഗി ശ്രദ്ധിക്കണേ വേദത്തിൽ പുരുഷന്മാരോട് വന്ന പോലെ സ്ത്രീകളോടും ഒരുപോലെ ഉപദേശിച്ചു ശാസ്ത്ര ചർച്ച ചെയ്ത പുരുഷന്മാരുടെ പോലെ തന്നെ ശാസ്ത്ര ചർച്ച ചെയ്ത സ്ത്രീകളും ഉണ്ടായിരുന്നു മറക്കരുത് വേദത്തിൽ സ്ത്രീക്ക് അധികാരമില്ല വേദം ചൊല്ലാൻ പാടില്ല പുരുഷന്മാർക്ക് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ ഇടക്കാലത്ത് അന്ധകാരാവൃതമായൊരു കാലഘട്ടത്തിൽ ഒട്ടനവധി അബദ്ധവിശ്വാസങ്ങൾ വ്യാപിച്ചു വേദത്തിലേക്ക് നോക്കിയാൽ കാണാം അവിടെ സ്ത്രീ പുരുഷ നപുംസകാദി ഒരു വ്യത്യാസവും ഇല്ല ഏതായാലും ബ്രഹ്മവാദിനിയായ ഗാർഗിയോട് പറയുകയാണ് ഹേ ഗാർഗി ഏതസ്യവ അക്ഷരസ്യ പ്രശാസനെ ഈ നാശരഹിതമായ ഒരിക്കലും നശിക്കാത്ത സനാതനമായ അക്ഷരത്തിൻ്റെ പ്രശാസനത്തിൻ കീഴിൽ നിയമനത്തിൻ കീഴിൽ സൂര്യനും ചന്ദ്രനുമെല്ലാം വിശേഷേണ ധരിക്കപ്പെടുന്നു സൂര്യചന്ദ്രന്മാർ വിശേഷേണ ധരിക്കപ്പെടുന്നു എന്നുവെച്ചാൽ അർത്ഥം ഈ പ്രപഞ്ചത്തിലെ സകല ഘടകങ്ങളെയും യഥാതഥമായി നിയന്ത്രിച്ചു നിയമിച്ചു വെച്ചിരിക്കുകയാണ് ഒരണോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാതെ ഒരൽപവും വ്യതിചലനമില്ലാതെ എല്ലൊരു നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാണ് ഈ നിയമവ്യവസ്ഥയെ അത്യന്തഹൃദുന്ദരമായിട്ട് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് യാഥാതത്യതോ അർത്ഥാൻവ്യതാന്ന് എങ്ങനെ വേണോ അങ്ങനെ സകലത്തെയും നിയന്ത്രിച്ചു വച്ചിരിക്കുന്നു എന്ന് എങ്ങനെ വേണോ അങ്ങനെ സകലത്തെയും നിയന്ത്രിച്ചു വച്ചിരിക്കുന്നു ഈ പ്രപഞ്ചം ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാണ് ഒരാന്നെ കണത്ത നിരീക്ഷിച്ചാലും ഈ ബ്രഹ്മാണ്ട അഖിലവും നിരീക്ഷിച്ചാലും ഈ വ്യവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈശ്വരീയമായ വ്യവസ്ഥ ആ വ്യവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ധർമ്മം വ്യവസ്ഥയുടെ നിയാമകന് പറയുന്ന പേരാണ് ഈശ്വരൻ ധർമ്മസ്യ പ്രഭുരാച്യുത അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനൊരു മഹാവ്യവസ്ഥയ്ക്ക് വിധേയമാണെങ്കിൽ ഇവിടെ നടക്കുന്ന അസംഖ്യേയങ്ങളായ സകല കർമ്മങ്ങളും മഴ പെയ്യുന്നതാവട്ടെ അഗ്നി ജ്വലിക്കുന്നതാകട്ടെ ഭൂമി കറങ്ങുന്നതാവട്ടെ സൂര്യൻ ചരിക്കുന്നതാവട്ടെ വെള്ളമൊഴുകുന്നതാവട്ടെ കുഞ്ഞു കരയുന്നതോ ചിരിക്കുന്നതോ ആവട്ടെ ഒരു മൊട്ട് പൂവായി വിടരുന്നതാകട്ടെ ഈ ലോകത്തിൽ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന സകല പ്രതിഭാസങ്ങളുടെയും പിന്നിൽ അത്ഭുതകരമായ ആ നിയമവ്യവസ്ഥയാണ് എല്ലാ കർമ്മങ്ങളും അതിന് വിധേയമാണ് ഇതൊരു സത്യം എങ്കിൽ ഞാൻ എൻ്റെ കർമ്മം എന്നും നീ നിൻ്റെ കർമ്മം എന്നും പറയുന്നവ ആ സമഷ്ടിയിലെ മഹാകർമ്മത്തിൻ്റെ ഭാഗമല്ലേ അതെ അപ്പോൾ ആ സമഷ്ടിയിലെ മഹാകർമ്മത്തിൻ്റെ ഭാഗമാണ് എൻ്റെ കർമ്മം എൻ്റെ കർമ്മം എന്ന് നമ്മൾ ഓരോരുത്തരും പറയുന്നത് ഈ ഒരു ബോധം നമുക്കുണ്ടാവണം അപ്പോൾ മനസ്സിലാവും ഭഗവാനെ എല്ലാ കർമ്മങ്ങളും അവിടുത്തെ കർമ്മങ്ങൾ എല്ലാം അവിടുത്തെ കർമ്മങ്ങൾ അവിടുത്തെ കർമ്മം അവിടുത്തേക്ക് തന്നെ അർപ്പിക്കും ശരിയായ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ എൻ്റെതെന്ന് ഞാൻ കരുതിപ്പോയി ഇതാ ഞാൻ തിരിച്ചറിയും ഇതെല്ലാം അവിടുത്തെ ഒരു വ്യവസ്ഥയാണ് ഈ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈശ്വര അർപ്പണം എന്നുള്ളത് സാധിക്കുന്നത് അല്ലാണ്ട് സാധിക്കില്ല അല്ലാണ്ട് നമ്മൾ അർപ്പണം എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊന്ന് തിരിച്ച് പ്രതീക്ഷ ഉണ്ടാവും ഞാനൊക്കെ അവിടെ അർപ്പിക്കുന്നു ഭഗവാനെ എൻ്റെ കാര്യം അവിടുന്ന് നോക്കണേ ഞാൻ എല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുന്നു ഗുരുവായപ്പോ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുകയാണ് അവിടെ തന്നെ പരിപാലിക്കണം ഇടേ എല്ലാം സമർപ്പിച്ചാൽ നിന്നെ പരിപാലിക്കണെന്ന് നീ എന്തിനാ പറയണത് പിന്നെ എന്ത് നീ സമർപ്പിച്ചു പോട്ടത്തരം പറയണത് ആലോചിച്ചു അപ്പോൾ അതുകൊണ്ട് ഈ അർപ്പണഭാവം വരണമെങ്കിൽ ഈ പ്രപഞ്ചവ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ അറിയണം വെറുതെ ഞാൻ മിഥ്യാഭിമാനം വെച്ച് കഴിയുകയായിരുന്നു ചില ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ സർവാധികാരിയക്കാരൻ നമ്മൾ തന്നെ എന്നങ്ങ് തോന്നിപ്പോവും നമുക്ക് നമ്മളെ അതിനെ നിയോഗിച്ച മേലുദ്യോഗസ്ഥനെ നമ്മൾ മറന്നുപോകും ആ മേലുദ്യോഗസ്ഥന് അതിന് മേലുദ്യോഗസ്ഥനെ മറന്നുപോകും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകും അകൃത്യം നമ്മൾ ചെയ്യുന്നവരെ എന്തെങ്കിലും അകൃത്യം ചെയ്യുമ്പോൾ തോക്കി പുറത്താക്കപ്പെടുമ്പോൾ അപ്പോൾ ഈ നിമിഷം വരെ ഞാൻ കരുതിയത് തെറ്റാണെന്ന് തിരിച്ചറിയും അതുകൊണ്ട് ഫലകാമനാരഹിതമായി കർമ്മം ചെയ്യുമെന്ന് പറഞ്ഞു ബലകാമനാരഹിതമായി കർമ്മം ചെയ്യാമെന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ് അത് സാക്ഷാത്കരിക്കാൻ എളുപ്പമല്ല അതിനുള്ള ഉപായമാണ് ഈശ്വരനെ പൂജിക്കുകയാണെന്നുള്ള മനോഭാവം വളർത്തുക അപ്പം സ്വാഭാവികമായി ഫലകാമനയ്ക്ക് ഉപരി എത്തും വ്യക്തമാണെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കർമ്മയോഗം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഒരു കോളേജിൽ ക്ലാസ് എടുക്കുകയായിരുന്നു ഒരു യൂണിവേഴ്സിറ്റിയിൽ അത് കേട്ട് വര് മുഴുവൻ എം ബി എ വിദ്യാർത്ഥികളാണ് അവർ ആരുമില്ല എം ബി എക്കാർ മാത്രം പ്രഭാഷണം കഴിഞ്ഞു സംശയ നിവാരണത്തിൻ്റെ സമയത്ത് ഒരേ സമയം മൂന്നാല് പേര് ചാടി എഴുന്നേറ്റു പല ഭാഗങ്ങളൊന്നും അവർ പ്ലാൻ ചെയ്തിട്ടല്ല അറിയാനുള്ള ആ ഒരു ഉത്കടമായ ഇച്ഛയോടുകൂടി കിട്ടും സ്വാമിജി ഇവിടെ ഫലകാമന രഹിതമായി കർമ്മം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കർമ്മത്തിലേ നമുക്ക് അധികാരമുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഞങ്ങളൊക്കെ എം ബി എക്ക് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി നേടേണ്ടവരാണ് ഏത് സ്ഥാപനത്തിലാണോ ഞങ്ങൾ ജോലി ചെയ്യുന്നത് അവിടുത്തേക്ക് പരമാവധി ലാഭം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം ആ സ്ഥാപനത്തിലേക്ക് പരമാവധി ലാഭം കൊടുക്കാനാണ് എം ബി എക്കാരായ ഞങ്ങളെ അവിടെ അപ്പോയിൻ്റ് ചെയ്യുന്നത് അപ്പോൾ ആഗ്രഹിക്കേണ്ട കർമ്മം ചെയ്താൽ മതി പറഞ്ഞാൽ എന്ത് പ്രാക്ടിക്കാലിറ്റി അതിനുള്ളത് അതെങ്ങനെ പ്രാക് പ്രായോഗികമാകും ചോദ്യം നല്ല ചോദ്യമാണ് അല്ലേ നമ്മളവരോട് മറുപടി പറഞ്ഞു അപ്പോൾ വയൽ വന്നത് ഇങ്ങനെയാണ് ശരി തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പരമാവധി ലാഭം ഉണ്ടാക്കണം ശരിയാണ് അതിന് തന്നെയാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഓരോ സാമ്പത്തിക വർഷത്തിലോ അർദ്ധവർഷത്തിലോ നിങ്ങളുടെയും സ്ഥാപനത്തിൻ്റെയും പെർഫോമൻസ് വിലയിരുത്താൻ ചില സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കുമല്ലോ അതെന്താ പല സ്റ്റേറ്റ്മെൻ്റുകളുണ്ടല്ലോ പല റേഷ്യകൾ നിങ്ങൾ പഠിക്കുമല്ലോ അതിനടിസ്ഥാന സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ഉടനെ ഇവർ പറഞ്ഞു ബാലൻസ് ഷീറ്റാണ് സ്വാമി ബാലൻസ് ഷീറ്റാണ് നമ്മൾ ചോദിച്ചു ബാലൻസ് ഷീറ്റിലേക്ക് എത്തണമെങ്കിലോ ഒരു സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റ് എഴുതണമെങ്കിൽ അതിനു മുമ്പ് എന്തുണ്ടാക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കണം ചെവി കേൾക്കാത്ത പോലെ അഭിനയിച്ചു അല്ല എന്ത് കേട്ടില്ല എന്താ പറഞ്ഞേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്വാമി വീണ്ടും അവരെ കൊണ്ട് പറയും പിച്ചു ഒന്നും കൂടി പറയാ കേൾ ശരിക്കും മര്യാദയ്ക്ക് ഇങ്ങോട്ടും കേൾക്കില്ല നിങ്ങൾ ഇത്രയും വലിയ ഹാളിലായതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒച്ചത്ത് പറഞ്ഞു ആ അത് തന്നെയാണ് കേൾക്കേണ്ടത് പ്രോഫിറ്റ് അക്കൗണ്ട് ആണോ അല്ല എന്തുകൊണ്ടതിന് പ്രോഫിറ്റ് അക്കൗണ്ട് എന്ന് പേര് കൊടുത്തില്ല എന്തുകൊണ്ടതിന് ലോസ് അക്കൗണ്ട് എന്ന് പേര് കൊടുത്തില്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു സ്ഥാപനം നടത്തുമ്പോൾ കുശലതയോടുകൂടി ഭംഗിയായി നടത്തണം വിജയത്തിന് വേണ്ടി നടത്തണം ലാഭത്തിന് വേണ്ടി നടത്തണം പക്ഷേ നടത്തിപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ മാത്രമേ സാധിക്കൂ അതിൻ്റെ പരിണാമമായി പ്രോഫിറ്റ് ഉണ്ടാവാം ലോസ് ഉണ്ടാവാം ചിലപ്പോൾ പ്രോഫിറ്റാവും ചിലപ്പോൾ ലോസാവും സമചിത്തതയോടുകൂടി സ്വീകരിക്കണം സമചിത്തതയോടു കൂടി സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത ടേമിലേക്ക് ആ സ്ഥാപനം മുന്നോട്ട് പോവില്ല സമ്മതമാണോ അതെ സമ്മതമാണെന്ന് അവർ പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഫല കാമനയാൽ ബന്ധിക്കപ്പെടാതെ കർത്തവ്യങ്ങളെ കുശലതയോടുകൂടി ചെയ്യണം കുശരതയോടുകൂടി ചെയ്യണം വീണ്ടും ആ വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നു ഞങ്ങൾ സ്ഥാപനത്തിന് പരമാവധി ലാഭം ഉണ്ടാക്കണ്ടേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മുടെ കർമ്മം പരിപൂർണ്ണ വിജയത്തിലെത്തണ്ടേ തീർച്ചയായിട്ടും വേണം അതിനെന്തെല്ലാം മാർഗങ്ങളാണ് ശാസ്ത്രം ഉപദേശിക്കുന്നത് ഒരു കർമ്മത്തിൻ്റെ വിജയം എങ്ങനെ സാധ്യതമാകുന്നു ഈ വിഷയം നമുക്ക് നാളെ കൃത്യസമയത്തിന് കൂടിയിരുന്ന് ആലോചിക്കാം കർമ്മം കർമ്മ മേഖലയിൽ വിജയം ഭരിക്കാൻ ശാസ്ത്രം എന്തെല്ലാം മാർഗങ്ങളെ പറയുന്നു എന്നുള്ളത് ശരി സ്വാമിജി കുറേ നീളമുണ്ട് വിളിക്കും ഇന്നത്തെ കാലത്ത് പരസ്പരം വഞ്ചിക്കപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ ഒട്ടനവധിയാണ് വഞ്ചന എല്ലാ കാലത്തും ഉണ്ട് ഇക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും വഞ്ചനയുണ്ട് രാമൻ്റെ കാലത്തും രാവണനുണ്ടായിരുന്നു ഒരു രാമനുള്ളപ്പോൾ ലക്ഷക്കണക്കിന് രാക്ഷസന്മാരുണ്ടായിരുന്നു ഇക്കാലത്ത് മാത്രമല്ല എക്കാലത്തും വഞ്ചനയും കാപട്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും പറയുക നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം എപ്പോഴാണല്ലോ അപ്പം പറയുക വഞ്ചനയും കപടതയും വളരെയധികമാണ് ആയിരത്തി അഞ്ഞൂറുകളുടെ ആരംഭത്തിലാണ് അതായത് അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് പുരന്ദരദാസര് നല്ലൊരു കീർത്തനെഴുതിയത് സത്യവാന്മാർക്കിത് കാലമല്ല ഇത് വഞ്ചകന്മാരുടെ കാലമാണ് ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ അങ്ങനത്തെ കാലമായി കാലം എത്ര കൊല്ലം മുമ്പ് പറഞ്ഞതാണ് അഞ്ഞൂറിലേറെ കൊല്ലം മുമ്പ് അത് ലോക സ്വഭാവം ഇരിക്കട്ടെ തിരക്ക് പിടിച്ച ഇന്നത്തെ ജീവിതത്തിൽ കുറച്ചു സമയം പരസ്പരം മനസ്സ് തുറക്കാൻ പോലും സമയമില്ലാത്ത നമ്മൾക്ക് സ്ത്രീയോടല്ലെങ്കിൽ ഒരു പുരുഷനോട് എങ്ങനെ ധർമ്മം പാലിക്കാൻ സാധിക്കും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് തിരക്ക് ഈ സമയത്ത് എന്തിനാ തിരക്ക് ഗൃഹസ്ഥന്മാരോട് ചോദിച്ചാൽ പറയും കുടുംബത്തിന് വേണ്ടിയിട്ടാ സ്വാമി എടേ നീ കുടുംബത്തിന് വേണ്ടി തിരക്കിട്ടുകൊടുവാണെന്ന് ആ കുടുംബത്തിൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റെങ്കിലും ഒന്ന് ചിരിക്കി ദിവസവും അതെ വല്ലാത്തൊരു കഷ്ടമാണ് വളരെ പ്രസക്തമായ വിഷയം പറയട്ടെ വീട്ടിലെല്ലാവരും ദിവസവും ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഒരു നേരം ഇത് ചിദാനന്ദപുരസ്വാമിക്ക് വേണ്ടി പറയുന്നതല്ല അതൊരു വ്രതമാക്കണം ദിവസത്തിൽ രണ്ടു നേരം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം നിർബന്ധം പറഞ്ഞില്ല ഒരു നേരമെങ്കിലും വീട്ടിലെല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഭാര്യയും ഭർത്താവും കുട്ടികളുമൊക്കെ പരസ്പരം വിളമ്പി കൊടുക്കണം തയ്യാറാണോ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് കുറച്ച് വീടുകളിലൊക്കെ ഭൂരിഭാഗം പേരിൽ സ്ഥലത്തും ഇല്ല ഭക്ഷണം കഴിക്കുന്ന രീതി ബഹുരസമാണ് കുട്ടികൾക്കൊരു പ്ലേറ്റിൽ ഭക്ഷണമായിട്ട് വെക്കും എന്നൊരു ടി വി തുറന്ന് വെച്ച് കൊടുക്കും കാർട്ടൂൺ ഇവർ കാർട്ടൂൺ കണ്ടിട്ടും ഇങ്ങനെ കഴിക്കും എത്ര കഴിക്കുന്നുണ്ട് എന്താണ് കഴിക്കണതൊന്നും അവരറിയില്ല ആവശ്യത്തിലധികം കഴിക്കും എന്നൊരു പൊണ്ണന്മാരായിട്ട് അങ്ങനെ വരും കുട്ടികളും അതിൻ്റെ സ്വാധു അറിയില്ല ആവശ്യത്തിൽ അധികാരത്തെത്തും അധിക വീട്ടിലുള്ളവ പിന്നെ മറ്റവൻ ജോലി കഴിഞ്ഞ് വന്ന് എന്തെങ്കിലുമൊന്ന് എടുത്ത് കഴിക്കും മറ്റവൾ ജോലി കഴിഞ്ഞ് വന്ന് എന്തെങ്കിലുമൊന്ന് എടുത്ത് കഴിക്കും ഓരോരുത്തർ അവനവൻ്റെ പാട്ട് പിന്നെ എങ്ങനെയാണ് കുടുംബം ഉണ്ടാവുക പിന്നെ എങ്ങനെയാണ് കുടുംബ ബന്ധം ഉണ്ടാവുക അതുകൊണ്ട് ഇതൊരു വ്രതമാക്കണം ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക നിർബന്ധമായിട്ട് കുറച്ച് നേരമെങ്കിലും കുടുംബത്തിൽ എല്ലാവരും സംസാരിക്കാൻ സമയം കണ്ടെത്തുക ഭാര്യയും ഭർത്താവും കുറച്ച് നേരമെങ്കിലും ഇതൊന്നും ഇല്ലാണ്ടാവുകയാണ് ഈ തിരക്ക് എങ്ങോട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ തിരക്ക് പറയാറുണ്ട് ഞാൻ കഷ്ടപ്പെടുന്നൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് മക്കളൊരു നായ പൈസ ചോദിച്ചോട്ട് കൊടുക്കുകയില്ല പറച്ചില് കേ എന്താ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തിരക്കിൽ എന്തിനാണ് തിരക്കെന്ന് മറന്നു പോവാതിരിക്കുക എന്തിനു വേണ്ടിയാണ് ഞാൻ തിരക്ക് കൂട്ടണമെന്ന് മറന്നു പോവാണ്ടിരിക്കുക ഏറ്റവും പ്രധാനം കുടുംബമാണെന്ന് ഓർമ്മയ്ക്ക് സാന്ദർഭികമായൊരു വിഷയം പറയട്ടെ ഈ ലോകത്തിൽ ഒട്ടനവധി പ്രാചീന സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്ര പ്രാചീന സംസ്കാരങ്ങളെന്ന് പറയാൻ വയ്യ അത്രയ്ക്കധികം ഉണ്ടായിട്ടുണ്ട് ചിലതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്കൂളുകളിൽ കോളേജുകളിൽ പഠിക്കുന്നുണ്ട് ഗ്രീക്ക് സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ഇങ്ങനെ ചിലതൊക്കെ പലതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല ഇത്തരം പ്രാചീന സംസ്കാരങ്ങൾ നിലനിന്ന പ്രദേശങ്ങളിൽ ഒരു വിദ്യാർത്ഥി പോയി അന്വേഷിച്ചാൽ ഏതെങ്കിലും ഒരു പ്രാചീന സംസ്കാരത്തിൻ്റെ സജീവ സാന്നിധ്യം കാണാൻ കഴിയുമോ എന്നും കഴിയില്ല ശവങ്ങൾ കണ്ടേക്കാം ശവക്കല്ലറകൾ കണ്ടേക്കാം തകളുടെ അവശിഷ്ടങ്ങൾ കണ്ടേക്കാം നാഗരികതകളുടെ അവശിഷ്ടങ്ങൾ സംസ്കാരത്തിൻ്റെ അല്ല അല്ലെങ്കിൽ ചില ആയോധന കലകളോ ചിത്രകലകളോ ചികിത്സാരീതികളോ ശേഷിക്കുന്നെന്ന് വന്നേക്കാം ഇതൊക്കെ ഉണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലത് വെച്ചുകൊണ്ടായി പറയുന്നത് പക്ഷേ ഒരു സംസ്കാരത്തിൻ്റെ സജീവ സാന്നിധ്യം കാണാൻ കഴിയില്ല ആകെക്കൂടെ കാണാൻ കഴിയുന്ന ഒരു പ്രാചീന സംസ്കാരം ഭാരതീയ സംസ്കാരമാണ് എന്തിനെയാണോ നമ്മൾ ഹിന്ദുധർമ്മം സനാതനധർമ്മം വൈദികധർമ്മം എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഭാരതീയ സംസ്കൃതി മാത്രമേയുള്ളൂ മറ്റുള്ള പ്രാചീന സംസ്കാരങ്ങൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നഷ്ടമായിപ്പോയി എങ്ങനെ നഷ്ടമായിപ്പോയി പല പരസ്പര പൂരകങ്ങളായ കാരണങ്ങളുണ്ട് ഒരു കാരണവും രണ്ട് കാരണോ അല്ല ഒട്ടനവധി കാരണങ്ങളുണ്ട് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മതാധിഷ്ഠിത സാമ്രാജ്യത്വശക്തികളുടെ അധിനിവേശമാണ് മതത്തിലധിഷ്ഠിതമായ സാമ്രാജ്യത്വശക്തികളുടെ അധിനിവേശം സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതാണ് മതങ്ങൾ സംസ്കാരത്തെ നശിപ്പിക്കുന്നു ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് എങ്കിൽ അത്തരം മതാധിഷ്ഠിത സാമ്രാജ്യത്വശക്തികളുടെ അധിനിവേശം എന്ത് ഈ ഭാരതത്തിലേക്കുണ്ടായില്ലേ ഉണ്ടായി ഉണ്ടായി എന്ന് മാത്രമല്ല മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടായതിനേക്കാളുണ്ടായി പ്രത്യേകിച്ചും അതിഥി ദേവോഭവ എന്നുള്ള നമ്മുടെ മനോഭാവം അതിനാക്കം കൂട്ടി എന്നിട്ടും എന്തുകൊണ്ടിത് നശിച്ചില്ല ഒറ്റ മറുപടിയുള്ളു ഒരുപാട് ഘടകങ്ങൾ ഇതിനെ സംരക്ഷിച്ചു ആ ഘടകങ്ങളിൽ ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രകലകളുണ്ട് ാടൻ പാട്ടുകളും നൃത്തങ്ങളും മറ്റുമുണ്ട് സന്യാസിമാരുടെ ഭിക്ഷാടനമുണ്ട് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതൊക്കെ നമ്മുടെ ധർമ്മത്തെ സംരക്ഷിച്ച് പോകുന്നതിൽ പ്രാധാന്യേന പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊന്നുമല്ല അത് നിസ്സംശയം പറയാം ലോകത്തിലൊരു പ്രദേശത്തും ഇല്ലാതിരുന്ന ഭാരതീയമായ കുടുംബവ്യവസ്ഥയാണ് കുടുംബസങ്കല്പമാണ് അമ്മഞ്ഞ പാലിനോടൊപ്പം ആശയങ്ങളും ആദർശങ്ങളും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു നൽകിയ കുടുംബവ്യവസ്ഥ മാതൃദേവോഭവ പിതൃദേവോഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കുടുംബവ്യവസ്ഥ തലമുറയിൽ തലമുറയിലേക്ക് അറിവുകളെ പകർന്നു നൽകി ആചരണങ്ങളെ പകർന്നു നൽകി അങ്ങനെ ആചാരശുദ്ധിയോടെ അറിവോടെ അഭിമാനമസൃഢമായ ഭാവത്തോടു കൂടി ഓരോ തലമുറയും നിലനിന്നു അതുകൊണ്ട് കുടുംബമാണ് നമ്മളെ നിലനിർത്തിയതെന്ന് മറക്കരുത് അറിയാതെ കുടുംബങ്ങളിൽ ന്യൂനതകൾ സംഭവിക്കരുത് കുടുംബങ്ങൾ ശുദ്ധമാകണം കുടുംബങ്ങൾ സുദൃഢമാകണം ശക്തമാകണം ശ്രദ്ധിക്കുക സാന്ദർഭികമായി മറ്റൊന്നുകൂടി പറയട്ടെ ധർമ്മം എന്ന ശബ്ദവും കുടുംബം എന്ന ശബ്ദവും ഒരേ അർത്ഥമുള്ള ധാതുക്കളിൽ നിന്നുണ്ടാവുന്നത് ധർമ്മശബ്ദമുണ്ടാവുന്നത് ധൃധാരണേ എന്നുള്ള ധാതുവിൽ നിന്നാണ് കുടുംബശബ്ദം ഉണ്ടാവുന്നത് കുടുംബ ധാരണ എന്നുള്ള ധാതുവിൽ എന്നാണ് കുടുംബയതി കുടുംബം ഒന്നായി ചേർത്ത് കോർത്ത് ധരിക്കുന്നത് എവിടെയാണോ ഒന്നായി ധരിക്കപ്പെടുന്നത് അതാണ് കുടുംബം ശ്രദ്ധിക്കുക അതുകൊണ്ട് ധർമ്മം പുലരണമെങ്കിൽ കുടുംബം പുലരണം കുടുംബം പുലരണമെങ്കിൽ ധർമ്മം പുലരണം പരസ്പര അപേക്ഷിതങ്ങളാണ് ഈ വരേണ്ടത് ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത സ്നേഹമില്ലാത്ത ഭാര്യാ ഭർത്താക്കന്മാർ പരസ്പരം ധർമ്മം പുലർത്തേണ്ടതുണ്ടോ ഇതിപ്പോൾ ചിദാനന്ദപുരസ്വാമി പറയണോ പരസ്പരം ആത്മാർത്ഥതയില്ലാത്ത ഒരാൾ സ്നേഹമില്ലാത്ത ഒരാൾ എന്ത് ധർമ്മം പുലർത്തുക പുലർത്തണം എന്നിവിടെ ചേദാനന്ദപുര സ്വാമി പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം ഒരു പ്രയോജനമില്ല നേരം പോക്ക് അത്രയേ ഉള്ളൂ അങ്ങനെ ചെയ്താൽ അതൊരു വഞ്ചിക്കപ്പെടലല്ലേ ജീവിതം പാഴാവുകയല്ലേ വഞ്ചിക്കപ്പെടരുത് ആരും ആരാലും വഞ്ചിക്കപ്പെടരുത് ആരും ആരാലും സ്നേഹിക്കപ്പെടണോ സ്നേഹം കൊടുക്കൂ സ്നേഹം ആർക്കും പിടിച്ചു പറ്റാൻ കഴിയില്ല സ്നേഹം ലഭിക്കുക എന്നുള്ളത് അവകാശമല്ല മറിച്ച് സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം നമ്മൾ നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടും സ്നേഹിക്കരുത് പ്രതീക്ഷിച്ച് സ്നേഹിച്ചാൽ നാളെ ദുഃഖിക്കേണ്ടി വരും നമ്മൾ വിചാരിച്ചതുപോലെ അല്ലാത്ത പ്രതികരണം മറുഭാഗത്തുനിന്ന് വരുമ്പം ദുഃഖം ഉണ്ടാവും അത് വേണ്ട എൻ്റെ ഭാഗം ഞാൻ ക്ലിയറാക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ വഞ്ചിക്കപ്പെടരുത് ഒരിക്കലും വഞ്ചിക്കപ്പെടരുത് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ധർമ്മശാസ്ത്രങ്ങളെ പഠിപ്പിക്കുക ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് നൽകുക അതിൻ്റെ അഭാവമാണ് പ്രശ്നം ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവണം അതില്ലാതായി പോകുന്നു എന്നും വിവാഹം കഴിക്കുന്ന പലരും എന്തിനാ വിവാഹം കഴിക്കണമെന്ന് പോലും അറിയാതെയാ കഴിക്കണം അതൊരു പ്രായമാകുമ്പോൾ എല്ലാവരും വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഒന്നിച്ച് കഴിയണം അതിന് വിവാഹം കഴിക്കുന്നു ഒന്നിച്ച് കഴിയാൻ വിവാഹത്തിൻ്റെ ആവശ്യമില്ല ഒരു പ്രായമാകുമ്പോൾ എല്ലാവരും വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല കുടുംബജീവിതത്തിൻ്റെ മഹനീയത അതിനെ സംബന്ധിക്കുന്ന യജ്ഞമെന്നൊരു വീക്ഷണം നമുക്ക് പുലർത്താനുള്ള ധർമ്മത്തെക്കുറിച്ചുള്ള സങ്കല്പം അതോടുകൂടി വേണം വിവാഹം കഴിക്കാൻ അപ്പോഴേ അത് പരിപാവനമാകും മറ്റൊന്നുകൂടി സാന്ദർഭികമായി പറയട്ടെ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ വൈദിക കർമ്മങ്ങളോടുകൂടിയാവണം ളിതമാവണം ഇന്ന് ആർഭാടങ്ങളാണ് വിവാഹങ്ങൾ ചിലർ കല്യാണ കത്ത് കൊണ്ട് തെരന്ന് കാണുമ്പോൾ തന്നെ പേടിയാവും കാരണം ഒരു കത്ത് പത്തും മുന്നൂറും നാനൂറ് ഉറുപ്യ ചെലവാകും ഒരു കത്ത് അടിക്കുക മുപ്പത്തഞ്ച് ശതമാനത്തോളം വിവാഹങ്ങൾ ഡൈവേഴ്സിലെത്തുന്നുണ്ട് വിവാഹ മോചനത്തിൽ അതിനുകൂടി ഇതുപോലെ നോട്ടീസ് അടിച്ചാത്തതെന്നായിരുന്നു ചിന്തിക്കാത്തമാശപ്രിയ അല്ല അതുകൊണ്ട് ലളിതമായ ചടങ്ങായിരിക്കണം വിവാഹം വൈദിക മന്ത്രങ്ങളോടുകൂടിയായിരിക്കണം വിവാഹം എന്നല്ല മന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം അപ്പോൾ എന്ത് സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും നമ്മൾ ഒന്നായി ജീവിക്കും നിനക്ക് ജ്ഞാനം എനിക്ക് നീയും നാം ഈ ഭാവനയെ ഊട്ടി വളർത്തണം തുടങ്ങിയ നിലയ്ക്ക് മന്ത്രങ്ങളുടെ അർത്ഥങ്ങളെ ശരിക്കും മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ തമ്മത്തല്ലി പിരിയില്ല അപ്പോൾ ഓർമ്മ വരും ഈ മന്ത്രമൊക്കെ ചൊല്ലിയിട്ടുണ്ടല്ലോ ഞാൻ എന്ന് ചിന്തിക്കുക വൈദിക മന്ത്രങ്ങളോടു കൂടി വിവാഹം നടക്കണം വിവാഹങ്ങളോട് ചേർന്നുള്ള ഹിംസ ഒഴിവാക്കണം ഇന്നിപ്പോൾ വിവാഹം നൂറുകണക്കിന് കോഴികളെ കൊന്നും കൊണ്ടാണ് അവയുടെ ശാപം വാങ്ങിക്കൊണ്ടാണ് പിറ്റേന്ന് ചെക്കനും പെണ്ണും തുടങ്ങും കോഴിപ്പോരു പിറ്റേന്ന് തുടങ്ങും തമാശ പറയല്ല അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ വിവാഹങ്ങൾ ഇവിടെ ഇരിക്കണ പ്രായമുള്ള മുത്തശ്ശിമാർ ആ അവരോട് ചോദിച്ചു നിങ്ങളുടെ വിവാഹം എത്ര ലളിതമായിരുന്നു ഒരു പുടവയും കൊടുത്തു ചെക്കൻ പണിനെ കൊണ്ട് പോയി അത്രേ ഉള്ളു വേറൊന്നുമില്ല പിന്നെ കുറച്ചൊക്കെ ഇപ്പോൾ ഒരു മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന ഒരു സമ്പ്രദായം അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല ഒരു നാലാൾക്കാരാ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ നന്നായി അതിൽ കൂടുതലൊന്നുമില്ല ഇന്നിപ്പോൾ ഓരോ വിവാഹവും വലിയ വലിയ മാമാങ്കം പോലെയാണ് ചാവാൻ തയ്യാറായിട്ട് കുറേ പേര് ഇങ്ങനെ നിൽക്കുക ആ മാമാങ്കത്തിൽ അങ്ങനെയല്ലേ അതുകൊണ്ട് ഇതൊക്കെ ഒരു ശുദ്ധഭാവനയിൽ ചെയ്യേണ്ടതാണ് യജ്ഞമാണ് വിവാഹമെന്നും യജ്ഞമാണ് വൈവാഹിക ജീവിതം എന്നുള്ള സങ്കല്പത്തിൽ പരിശുദ്ധിയോടുകൂടി കഴിയേണ്ടതാണ് പിന്നെ മറ്റൊന്ന് ഓർമ്മിക്കണം എന്ത് ഞാൻ ആരോടെങ്കിലും ചെയ്യുന്നുണ്ടോ അതെങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു ഞാൻ ഒരാളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ വഞ്ചിക്കും ഉറപ്പാ അതെങ്ങനെയാണെന്നും ചോദിച്ചാൽ പറയാൻ പറ്റില്ല പ്രപഞ്ചവ്യവസ്ഥയാണ് ഞാൻ ചിലപ്പോൾ എൻ്റെ ഭർത്താവിനെ ആയിരിക്കും വഞ്ചിക്കണത് എൻ്റെ ഭാര്യയായിരിക്കും വഞ്ചിക്കുന്നത് വേറെ ആരെങ്കിലും എന്നെ വഞ്ചിക്കും ഉറപ്പും സംശയമില്ലാത്ത വിഷയാണ് പിന്നെ വൈവാഹിക ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല ഒരിക്കലും ആരാലും വഞ്ചിക്കപ്പെടരുത് സ്ത്രീ പുരുഷാദി ഖേദത്തിലുള്ള വഞ്ചനയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് അഭിപ്രായം പറയാം ഇത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ളതാണ് അല്ലെങ്കിൽ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്കുള്ളതാണ് ചെറുപ്പത്തിൽ കുട്ടികളെ ഭരതനാട്യം തുടങ്ങിയവ പഠിപ്പിക്കുക മോഹിനിയാട്ടം നല്ല അല്ലേ നല്ലതാണ് പക്ഷെ ഭരതനാട്യത്തിന് പ്രാധാന്യമുണ്ട് ചെറുപ്പത്തിലെ ഭരത യൂത്ത് വെസ്റ്റലിൽ ഒന്ന് കിട്ടാനല്ലേ അത് ക്യാപ്സ്യൂൾ പെടണം അത് കണ്ട അത് അപകടമാണ് അത് മഹാപകടം അത് അച്ഛനമ്മമാർ തമ്മിലുള്ള മത്സര്യമാണ് ഉണ്ടാക്കുന്നത് കാണില്ലേ ഇപ്പോൾ യൂത്ത് വേസ്റ്റലിൽ പതിനായിരക്കണക്കിന് അപ്പീലുകളും തല്ലുംപിട്ടിയും ബോധക്കേടുമായിട്ട് അവിടെ കലയ മത്സരമല്ല നടക്കുന്നത് കലാമികവല്ല മാറ്റുരയ്ക്കപ്പെടുന്നത് സമ്പത്താണ് പൊങ്ങച്ചങ്ങളാണ് ജാടകളാണ് അതല്ല കലോപാസനയായിട്ട് എന്നാളെ കളിച്ചു സ്വാമി എന്തിരി വിട്ടിത്താ പറഞ്ഞ ഭരതനാട്യം പഠിക്കുന്നതുമായിട്ട് എന്താ ബന്ധം ബന്ധമുണ്ട് ശാസ്ത്രം എന്ന രൂപത്തിൽ ഭരതനാട്യം പഠിച്ച ഒരാളെ ഒരു പെൺകുട്ടിയെ വഞ്ചിക്കാൻ ഒരു പുരുഷന് കഴിയില്ല ഉറപ്പ് കണ്ണിൻ്റെ അഭിനയവും യാഥാർത്ഥ്യവും മുഖത്തിൻ്റെ മാംസപേശികളുടെ അഭിനയവും യാഥാർത്ഥ്യവും ആ കുട്ടിക്കറിയും കപടമായി സ്നേഹം കാണിക്കണതും ഉള്ള സ്നേഹവും സെക്കൻഡുകൊണ്ട് തിരിച്ചറിയും സംശയമില്ല അതുപോലെ തന്നെ ആയോധന കലകൾ പഠിപ്പിക്കുക കളരിയോ കളരിയാണ് ഏറ്റവും നല്ലത് എല്ലാ പെൺകുട്ടികളെയും കളരി പഠിപ്പിക്കുക കുങ്കൂം തിരക്കേടില്ല എന്നാൽ തോന്നണം അത് അങ്ങനെ എന്തെങ്കിലും ചില ആയോധന കലകൾ പഠിച്ചിരിക്കണം ഒന്നിലും നമ്മൾ പിന്നോക്കം പോകരുത് ഒന്നിലും പിന്നോക്കം പോകരുത് എന്താണെന്ന് വെച്ചാൽ പോകണം എന്ന് പറയാനുള്ള കഴിവുണ്ടാവണം അല്ലാണ്ട് അതും കേട്ട് തലയും താത്തി നിൽക്കരുത് ുള്ളവരായിരിക്കണം ഇതൊക്കെ നമ്മൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഇല്ല ഓ അവനാളൊരു സാധുവ വായു കൈയിട്ടാ കടിക്കില്ല വായു കൈയിട്ടാ കടിക്കില്ല അത്ര സാധുവൻ നല്ല മനുഷ്യനാ കേട്ടിട്ടില്ലേ വായു കൈയിട്ടാ കടിക്കാത്ത നല്ല മനുഷ്യനൊന്നുമല്ല ഒന്നിനും കൊള്ളാത്ത മനുഷ്യനായിരിക്കാം അവൻ ഒന്നിനും കൊള്ളായ്മയെ ആയിരിക്കാം നമ്മൾ നല്ലത് സാധുത്വം എന്നൊക്കെ പറയുന്നത് കണ്ടോന് കയ്യിലുള്ള സാധന എൻ്റെ വായെന്തു ഡോക്ടറാണെങ്കിൽ തിരക്കേട്ടില്ല ഞാൻ കടിക്കില്ല അല്ലാതെ കണ്ടോ എൻ്റെ വായൽ കയ്യില ഞാൻ സമ്മതിക്കും ഇല്ല സമ്മതിക്കൂല എന്നങ്ങ് അമർത്തി പൂട്ടി കൊടുക്കും അല്ലാണ്ട് പിന്നെ അവൻ കൈയിടൂല പക്ഷേ ഇങ്ങനെയുള്ള തെറ്റായി ഒരുപാട് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നു വലത്തെ കരണത്തടി കിട്ടി ഇടത്ത് കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇടത്തും കിട്ടും അപ്പോഴും കാണിക്കണം ഇങ്ങനെ ഇടവും പോലും കണ്ടോനോട് തല്ലുകൊള്ളാനാണ് നമ്മൾ ഇങ്ങനത്തെ പിണ്ഡിത്തങ്ങളൊക്കെ ഒന്ന് മാറ്റുക കരുത്തുറ്റ കുടുംബങ്ങളായിരിക്കണം നമ്മൾ കരുത്തറ്റതാവരുത് കരുത്തുറ്റ വ്യക്തികൾ ശ്രദ്ധിക്കുക പൂജാതി കർമ്മങ്ങൾക്ക് ജന്മം കൊണ്ട് ബ്രാഹ്മണരായവർ തന്നെ വേണമെന്ന് ഷഠിക്കുന്ന തന്ത്രിമാരുണ്ട് ഇത്തരം പൂജാരിമാരാകട്ടെ തങ്ങൾക്ക് ഇതൊരു തൊഴിലാണെന്നും ഉപാസനയല്ലെന്നും പറഞ്ഞ് തനി കച്ചവടക്കാരെ പോലെ വിലപേശുന്നു ഇത്തരക്കാരെ പോലും നാട്ടിൽ കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ തന്ത്രിമാരുടെ കടുമ്പിടുത്തം ഒഴിവാക്കേണ്ടതല്ലേ ജന്മം കൊണ്ട് ബ്രാഹ്മണർ എന്നൊരു പ്രയോഗത്തിന്റെ അർത്ഥം എത്ര ആലോചിച്ചിട്ടും പുലി കിട്ടുന്നില്ല ജന്മം കൊണ്ട് എങ്ങനെയാ ബ്രാഹ്മണനാവുക പുണർന്ന് പെറുമെല്ലാവരും ഹൃദയം പറഞ്ഞു പുണർന്ന് പെറുമെല്ലാവരും സ്ത്രീ പുരുഷന്മാർ പുണർന്നിട്ടാണ് ആലിംഗനം ചെയ്തിട്ടാണ് എല്ലാവരും പ്രസവിക്കണത് അല്ലാണ്ട് ആരും പ്രസവിച്ചിട്ടില്ല ഇന്നോളം അത് സായിപ്പെന്ന് പറഞ്ഞാലും അറബി എന്ന് പറഞ്ഞാലും നായരെന്ന് പറഞ്ഞാലും നമ്പൂതിരി എന്ന് പറഞ്ഞാലും പുലയനെന്ന് പറഞ്ഞാലും ഇനി എന്ത് പറഞ്ഞാലും എല്ലാവരും പുണർന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ ജന്മന ബ്രാഹ്മണ്യം ഇല്ലെന്നാണോ സ്വാമി പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് രണ്ടും എങ്ങനെയാ പറയുക ഗർഭാധാന സംസ്കാരം ചെയ്ത് ഗർഭചിഹ്നങ്ങൾ കണ്ടാൽ പുംസവന സംസ്കാരം ചെയ്ത് നാലാം മാസത്തിൽ ശ്രീമന്തോന്നയന സംസ്കാരം ചെയ്തു അങ്ങനെ മൂന്ന് സംസ്കാരങ്ങൾ ചെയ്ത ശേഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ജനിച്ച ഉടനെ ജാതകർമ്മ സംസ്കാരവും ചെയ്തു ഇങ്ങനെ യഥാക്രമം സംസ്കാരങ്ങളിലൂടെ കടന്നു വന്ന മുഖ്യം അങ്ങനെ ജനിച്ച കുട്ടിയെ യഥാക്രമം സംസ്കാരങ്ങളെ അനു അനുവർത്തിക്കുന്നതിലൂടെ ഉയർന്ന ഉയർന്ന ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം ശ്രമിക്കാനേ സാധിക്കൂ ഉയരെ ഉയരാതിരിക്കാൻ അയാളാണ് ശ്രമിക്കണം ഒരിക്കലും സന്താനങ്ങൾ ഉപോത്പന്നമാകരുത് ബൈപ്രോഡക്റ്റ് ആവരുത് ഉത്പന്നമാകണം പ്രോഡക്റ്റ് ആവണം പലപ്പോഴും താനൊരു അച്ഛനാകാൻ പോകുന്നു എന്ന് ഭാര്യ പറയുമ്പോഴാണ് അറിയുന്നത് അബദ്ധം പറ്റിപ്പോയല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക വരട്ടെ സന്തോഷം ക്ഷണിക്കാതെ വന്നതിഥി മിക്ക കുട്ടികളും അല്ല അതല്ല നമ്മുടെ വീക്ഷണം നല്ല സന്താനം ഉണ്ടാവണമെന്ന സങ്കല്പത്തോടു കൂടി സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് സമാഗമിക്കണം അതാണ് ഗർഭധാന സംസ്കാരം സന്താനം ഉണ്ടാവരുത് സന്താനത്തെ ഉണ്ടാക്കണം വളരെ വ്യത്യാസമുണ്ട് അങ്ങനെ യഥാർത്ഥമായി സംസ്കാരങ്ങളിലൂടെ ഉയർന്നൊരു വ്യക്തിയെ രൂപീകരിക്കാനുള്ള പരിശ്രമം ചെയ്തു വേണം സന്താനത്തെ ഉണ്ടാക്കാൻ അങ്ങനെയുള്ള ആൾ അത്തരം സംസ്കാരമുള്ള ഗൃഹത്തിൽ നിന്ന് ജനിക്കും സംസ്കാരങ്ങളെ അനുവർത്തിക്കുന്ന അച്ഛനമ്മമാരുടെ കുഞ്ഞായി ജനിക്കുമ്പോൾ അതിന് കൂടുതൽ ഉയരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ സംസ്കാരങ്ങൾ അനുവർത്തിക്കുന്ന ഗൃഹത്തിൽ ജനിക്കുന്ന കുഞ്ഞിന് ബ്രാഹ്മണ്യം കൂടും അതുകൊണ്ട് ബ്രാഹ്മണഗൃഹം എന്ന് പറയപ്പെടുന്ന ഗൃഹത്തിൽ ഇത്തരം സംസ്കാരങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ ജനിക്കുന്ന കുഞ്ഞ് ബ്രാഹ്മണനായി ജനിക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ല സംസ്കാരമൊന്നുമില്ല ഒരു നൂലിട്ടിട്ടേ ഉള്ളോ തളിയും പോയി കഴിഞ്ഞാൽ അമ്പത് പൈസക്കാറ്റം കിട്ടും കുണോല് പിരിക്കിയൊന്നും വേണ്ട അപ്പം അതിന് ബ്രാഹ്മണ്യം എങ്ങനെ നേടും നേടാം മനു വ്യക്തമായി പറഞ്ഞു ശൂദ്രോ ബ്രാഹ്മണതാമേതി ബ്രാഹ്മണോ യാതി ശൂദ്രത ശൂദ്രന് ബ്രാഹ്മണനാവാം ബ്രാഹ്മണന് ശൂദ്രനുമാവാം അതിനനുസരിച്ച തപസ് വേണം ആചാരം വേണം ഭഗവാൻ ഗീതയിൽ പറഞ്ഞു ശാതുർപർണ്ണം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഹ ഗുണവിഭാഗശഹ കർമ്മവിഭാഗശ അപ്പൊ ഗുണവിഭാഗത്തിനനുസരിച്ചും കർമ്മവിഭാഗത്തിനനുസരിച്ചും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന വിഭാഗങ്ങളിലൊക്കെ തുടനീളമുണ്ട് മറക്കരുത് അങ്ങനെ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരണം ബ്രാഹ്മണന്മാരെ പൂജ കഴിക്കാൻ പാടുള്ളൂ ബ്രാഹ്മണരല്ലാത്തവർ പൂജ കഴിക്കരുത് വൈശ്യ സ്വഭാവമുള്ള ആൾ പൂജ കഴിക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ വില പേശുന്നതും കച്ചവട സ്ഥാപനമാക്കി മാറ്റുന്നതും മിക്ക ക്ഷേത്രങ്ങളിലും ഈ വില പട്ടിക ഓരോ കൊല്ലം കഴിയുന്നതോറും നീണ്ടുനീണ്ടുവരികയാണ് ക്ഷേത്രങ്ങളുടെ മുമ്പ് തന്നെ ഉണ്ടാവും അത് കൂടിക്കൂടി വരികയാണ് ആദ്യ ഒരു മത്തോ രണ്ടോ മൂന്നോക്കെ ഉണ്ടായിരുന്നുള്ളു ഒരു പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഒരു ഒരു ത്രിമധുരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ പുതിയ പുതിയ പുതിയ ഓരോന്ന് ഉണ്ടാവുകയാണ് വൈശ്യ സ്വഭാവമുള്ളവർ പൂജിക്കുമ്പോൾ സംഭവിക്കണതാണ് കമ്മിറ്റിക്കാരായിരിക്കുമ്പോൾ സംഭവിക്കണതാണ് പൂജകന മാത്രം കുറ്റം പറയരുത് അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ ഉപാസനകളിലൂടെ ആർക്കും ഉയരാം ഉപാസനാനിഷ്ടമായ ജീവിതം പരിപാലിച്ചില്ലെങ്കിൽ ആർക്കും താഴാം രണ്ടിനും സ്വാതന്ത്ര്യമാണ് ഇതപര്യന്തമുള്ള ർമ്മലോപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് ഒരാൾക്ക് ഉപനയനം ചെയ്യാം അതിന് വിധിയുണ്ട് പക്ഷേ ഉപനയനം ചെയ്ത് പിറ്റേന്ന ഗോമാതാവിനെയും പിടിച്ച് സഞ്ചിയിലാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് ജീവിത ക്രമം പാലിക്കണം ശുദ്ധമായ ജീവിതക്രമം പാലിക്കണം അല്ലാതെ ജാതി കൊണ്ട് ജന്മം കൊണ്ട് ബ്രാഹ്മണ്യം ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയുകയാണെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ഇന്നും ആലോചിക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാക്കുന്ന കൊലപാതകം ചെയ്തു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാതെ അതിനെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അട്ടിച്ചും ഇടിച്ചും കുത്തിയും രോമം പറച്ചും കൊള്ളിച്ചും ഒക്കെ കൊന്നു ആരാ കൊന്നത് കോഴിക്കോടെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ജാതി നമ്പൂതിരിയാണ് സമൂഹദൃഷ്ടിയ ബ്രാഹ്മണനാണ് അപ്പം ബ്രാഹ്മണനാണെന്ന് പറയാൻ പറ്റുമോ ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ രാവിലെ ഭക്തന്മാർ തൊഴാൻ വന്നപ്പം ബലിക്കലിൻ്റെ മോള് തലയും വെച്ച് കിടക്കുക ബ്രാഹ്മണോത്തമൻ തലയിൽ നിന്ന് രാത്രി കുടിച്ച വട്ടച്ചാരായവും ഇറച്ചി കഷ്ണങ്ങളും ചതറിക്കിടക്കുന്നു അടുത്താണ് ബ്രാഹ്മണോത്തമനാണ് അതുകൊണ്ട് ബ്രാഹ്മണ്യം ക്ഷത്രിയത്വം വൈശ്യത്വം ശൂദ്രത്വം ഇവ കേവലം മാതൃപിതൃജന്യമല്ലെന്നും ഗുണകർമ്മ വിഭാഗങ്ങൾക്കനുസരിച്ചാണെന്നും അത് ഉപാസന കൊണ്ട് വളർത്താനും തളർത്താനും കഴിയുന്നതാണെന്നും എല്ലാവരും മനസ്സിലാക്കണം എന്നാൽ തലമുറയായി കുടുംബങ്ങളിൽ ഈ സംസ്കാരങ്ങൾ പുലർത്തുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അത്തരം കുടുംബങ്ങൾ ബ്രാഹ്മണ ഗൃഹങ്ങളെന്ന് പറയപ്പെടാം അത്തരം ബ്രാഹ്മണഗൃഹങ്ങളിൽ ബ്രാഹ്മണ സന്താനങ്ങൾ വന്ന് ജനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ കർത്തവ്യമായിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകൾ ശുദ്ധമായ ആചാരത്തിൽ പുലർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് പൂജാതി കർമ്മങ്ങൾ പഠിക്കുക ശുദ്ധമായി ജീവിക്കുക ബ്രാഹ്മണോചിതമായ ജീവിതക്രമം പാലിക്കുക തലമുറകളിലൂടെ പകർന്നു നൽകപ്പെടുന്ന ശുദ്ധി നമ്മൾ നേടുക ഭരണർത്ഥം വ്യക്തമാവുന്നു വിചാരിക്കും തലമുറകളിലൂടെ പകർന്നു നൽകപ്പെടുന്ന ശുദ്ധി നേടണം ബ്രാഹ്മണ കുലങ്ങൾ ഉണ്ടാവണം ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടാവണം ഇന്ന് നഷ്ടമായി പോകുന്നു ഇന്ന് ബ്രാഹ്മണ കുടുംബങ്ങൾ ഇല്ലാതായി പോകുന്നു ക്ഷേത്രപൂജ ചെയ്യുന്നവർക്ക് വിവാഹം ദുഷ്കരമാണ് ക്ഷേത്രപൂജകന്മാരെ വിവാഹം കഴിക്കാൻ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് നമ്പൂതിരി സമുദായത്തിൽ അപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ക്ഷേത്രപൂജ തൽക്കാലം ഒഴിവാക്കി വേറെ എന്തെങ്കിലും ജോലിയാണെന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും ജോലിയിൽ പോയി കല്യാണം കഴിക്കും പിന്നെ ക്ഷേത്രപൂജയ്ക്ക് പോകും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല ഇങ്ങനെ ധാരാളം പേരുണ്ട് വേറെ ചിലർ ക്ഷേത്രപൂജക്ക് പോകുന്നില്ല വേറെ ചിലർ ക്ഷേത്ര പൂജയായിട്ടിരിക്കും അപ്പോൾ ഒരു സിനിമേൻ്റെ പരസ്യം കണ്ടിരുന്നോ നമ്പൂതിരി യുവാവ് അറ്റ് നാൽപ്പത്തി മൂന്ന് മലയാളത്തിലൊരു സിനിമ ഇറങ്ങിയിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ആയിരിക്കാം സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല കാണാൻ പറ്റിയിട്ടില്ല പരസ്യം കണ്ടിട്ടുണ്ട് നമ്പൂതിരി യുവാവ് അറ്റ് നാൽപ്പത്തി മൂന്ന് പരർത്ഥം മനസ്സിലായിരിക്കുക കല്യാണം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം വളരെ പ്രസിദ്ധമായൊരില്ലത്ത് നിന്ന് ഒരാൾ വിളിച്ചു സ്വാമിജിയുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവണം എൻ്റെ വിവാഹമാണ് സന്തോഷം നന്നായി സ്വാമിക്ക് പരിചയമുള്ള എന്ന കുട്ടിയാണ് ഞാൻ കല്യാണം കഴിക്കണത് കുട്ടി അവൾ ഒരുപാട് പ്രായമുണ്ടല്ലോ അല്ല അവളേക്കാൾ പ്രായം എനിക്കുണ്ട് സന്തോഷം ഇത്രയും കാലം ഞാൻ നമ്പൂതിരി സമുദായത്തിൽ തന്നെ നോക്കി ഒന്നും തിരപ്പെട്ടില്ല കിട്ടിയില്ല ഞാൻ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ആളായതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ജാതി മാറി ഇങ്ങനെ കഴിക്കാൻ അമ്മ സമ്മേച്ചിരിക്കുക സന്തോഷം നന്നായി അല്ലാണ്ട് എന്താ പറയുക ഇനി അതല്ല ജന്മനാ തന്നെയാകുന്നു ബ്രാഹ്മണ്യം എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അത്തരം ഗൃഹങ്ങളിൽ ഒന്ന് ശുദ്ധമായ സംസ്കാരങ്ങൾ പുലരണം രണ്ട് വേറൊരു തൊഴിലിന് പോകരുത് അദ്ധ്യാപകരാവാനോ പട്ടാളത്തിലോ വേറെ സ്ഥാപനങ്ങളിൽ ജോലിക്കൊന്നും പോകരുത് യജനം യാചനം പൂജ ചെയ്യുക ചെയ്യിക്കുക ഹോമം ചെയ്യുക ചെയ്യിക്കുക പഠിപ്പിക്കുക ഇങ്ങനെയുള്ള വൈദിക വൃത്തിയിൽ മാത്രമായിരിക്കണം ജീവിതം എന്നാൽ നമുക്ക് അംഗീകരിക്കാം അതല്ല പട്ടാളത്തിലും പോവും പോലീസിലും പോവും മറ്റു ഓഫീസുകളിൽ ജോലിക്ക് പോവും കച്ചവടത്തിനും പോവും എന്നിട്ട് ബ്രാഹ്മണനാണെന്ന് പറയുകയും ചെയ്യും അത് നടപ്പില്ല അത് നടപ്പില്ല ശുദ്ധ ബ്രാഹ്മണവൃത്തിയിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രാഹ്മണനായിട്ട് അംഗീകരിക്കാം അല്ലാതെ വയ്യ വ്യക്തമാണല്ലോ പറഞ്ഞത് വ്യക്തമായിരിക്കണം ഒരാൾ നല്ല സദാചാരനിഷ്ഠനായ നാട്ടിലെല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് വളർന്ന ഒരു മോൻ നല്ല സാത്വിക സ്വഭാവം പഠിച്ചു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അച്ഛനിൽ നിന്ന് വേദങ്ങളും പൂജാവിധാനങ്ങളും ഒക്കെ പഠിച്ചു പൂജയും നന്നായിട്ട് ആ കുട്ടി ചെയ്യുന്ന ദിവസം നാട്ടുകാർക്കൊക്കെ വലിയ സന്തോഷ എത്ര നന്നായി വൃത്തിയും ചെയ്യും അങ്ങനെ പഠിച്ചു കോളേജിൽ ഡിഗ്രി കഴിഞ്ഞു പട്ടാളത്തിൽ പോയി ചേർന്നു സിപ്പായി ആയിട്ടാണ് ജോലി കിട്ടിയത് സാധാരണ സിപ്പായി ആയിട്ട് പക്ഷേ ഡിഗ്രി ഉള്ള ആളായത് കൊണ്ട് ഒരുപാട് ഇൻറ്റേർണൽ ടെസ്റ്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് എഴുതി പാസ്സായി പെട്ടെന്ന് പെട്ടെന്ന് പ്രൊമോഷനായി ഏതായാലും വളരെ ഉയർന്ന കമാൻഡിങ് പവറുള്ള ഓഫീസറായിട്ടാണ് പിരിഞ്ഞത് പതിനാറ് കൊല്ലം സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ ഉയർന്ന ഓഫീസറാണ് എത്രയോ പേരെ പേരോട് നിർദ്ദേശം കൊടുക്കുന്ന വലിയ ഓഫീസറാണ് അങ്ങനെ പിരിഞ്ഞ് വന്നപ്പോൾ ഇയാൾക്ക് പതിനാറ് കുപ്പി ഫുൾ ബോട്ടിലിന് കോട്ട പതിനാറ് ഫുൾ ബോട്ടിൽ ഇതിൽ ഇയാൾക്ക് എട്ടേ വേണ്ടു ഒരു മാസം നല്ല നല്ല മദ്യപാനിയാണ് പാകത്തിന് അറിഞ്ഞു കഴിക്കുന്ന ആളാണ് എട്ട് ഫുൾ ബോട്ടിലായൊക്കെ മാസം വേണം ബാക്കി എട്ട് ഫുൾ ബോട്ടിലയാൾ വിൽക്കും എങ്ങനെയാണ് വിൽക്കുന്നത് ബോർഡ് വെച്ചിട്ടല്ല നാട്ടുകാരെ അറിയിച്ചും കൊണ്ടല്ല പിന്നെ പൂജയ്ക്കൊക്കെ പോകുമ്പോൾ സഞ്ചീര് വയ്ക്കും ഒളിപ്പിച്ചിട്ട് എന്നിട്ടൊരു ഏജൻ്റ് ഉണ്ട് ഒരു കടയുണ്ട് ആ കടയെ കൊടുക്കും അവരത് വെച്ചിട്ട് അതിന് പൈസ ഇദ്ദേഹത്തിന് കൊടുക്കും ചെറിയ കമ്മീഷൻ അവർക്കും ഇയാൾ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല ദ്വാദശനാമം കാലുകഴിച്ചൂട്ടലിനൊക്കെ പോവും ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ അനിയതദ്രവ്യം കിഴികെട്ടി സമസ്താപരാധവും ക്ഷമിക്കണേ എന്ന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ച് ഇയാളെ നമസ്കരിക്കും ഇയാൾ അനുഗ്രഹിക്കും എന്നൊരു ചോദ്യം ഇയാൾ ബ്രാഹ്മണനാണോ ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ പറയണ്ട അയാൾ ബ്രാഹ്മണനല്ല ബ്രാഹ്മണനാണെന്ന് പറയാൻ പറ്റില്ല ആയിരുന്നോ അയാളുടെ മനോഭാവമാണല്ലോ ഒളിപ്പിച്ച് വിൽക്കണ പറഞ്ഞത് നേരെ മറിച്ച് അയാൾ ധൈര്യത്തോട് വിറ്റിയിരുന്നെങ്കിൽ ബഹുമാനിക്കുമായിരുന്നു ഒളിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അയാൾ ബ്രാഹ്മണൻ ആയിരുന്നോ എന്ന് ചെറുപ്പത്തിൽ ബ്രാഹ്മണനായിരുന്നു അയാൾ ക്ഷത്രിയനാണോ അല്ല ആയിരുന്നോ ആയിരുന്നു കമാൻഡിംഗ് പവറുള്ള ഓഫീസറായപ്പോൾ ക്ഷത്രിയനായിരുന്നു വൈശ്യനായിരുന്നോ അല്ല ആണോ അല്ല വൈശ്യനാണെന്ന് പറയാമായിരുന്നു അയാൾ അഭിമാനത്തോടുകൂടി കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഒളിച്ച് കച്ചവടം ചെയ്യുമ്പോൾ അപകർഷത്തയോടുകൂടി ചെയ്യുമ്പോൾ വൈശ്യനല്ല ശൂദ്രനായിരുന്നോ ആണോ അല്ല ആയിരുന്നോ ആയിരുന്നോ പട്ടാളത്തിൽ സിപാഹിയായി ജോലി ചെയ്തപ്പോൾ ശൂദ്രനായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം അയാൾ ആരാ ബ്രാഹ്മണനുമല്ല ക്ഷത്രിയനുമല്ല വൈശ്യനും അല്ല ശൂദ്രനുമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയാൾ ചണ്ടാളനാണ് വർണ്ണേഭ്യ പതിത ചണ്ടാള വർണ്ണങ്ങളിൽ നിന്ന് പതിച്ചവനാണ് ചണ്ടാളൻ ഇതാണ് സത്യം യാഥാർത്ഥ്യം മനസ്സിലാക്കാം ശരി ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടിട്ട് അയ്യായിരം വർഷത്തിന് മുമ്പാണെന്നും ശ്രീബുദ്ധൻ ജനിച്ചത് അതിനൊക്കെ എത്രയോ ശേഷമാണെന്നും സ്വാമിജി പറഞ്ഞുവല്ലോ തീർച്ചയായിട്ടും പറഞ്ഞു ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ വിധത്തിൽ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് സന്ദീപാനന്ദഗിരി പറഞ്ഞിരിക്കുന്നത് ഭാരത യുദ്ധം യഥാർത്ഥത്തിൽ നടന്നതല്ല നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധം തന്നെയാണെന്നുമാണല്ലോ യുദ്ധം നടന്നിട്ടില്ലെങ്കിൽ ഗീതയും ഉപദേശിക്കപ്പെട്ടിട്ടുണ്ടാവില്ലല്ലോ മാത്രമല്ല ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്തെപ്പറ്റിയൊക്കെ പറയുന്നത് ശരിയായ കാലഘടന അനുസരിച്ചാണോ ജനിച്ചു ജീവിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയല്ലേ തെളിവുണ്ടോ എന്ത് മറുപടിയാണ് ഞങ്ങൾ പറയുക ദയവായി വിശദീകരിച്ചാലും മഹാഭാരത യുദ്ധം ചിദാനന്ദഗുരിസ്വാമിയോ സന്ദീപാനന്ദഗിരിസ്വാമിയോ പറയേണ്ടതല്ല മറിച്ച് വ്യാസഭഗവാൻ രേഖപ്പെടുത്തി വച്ചതാണ് മഹാഭാരത യുദ്ധം ഇന്ന സ്ഥലത്ത് നടന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടു ആ സ്ഥലങ്ങൾ ഇന്നും അവിടെ ഉണ്ട് യുദ്ധഭൂമി വളരെ വിചാരം ചെയ്തിട്ടാണ് ഇരു വിഭാഗങ്ങളും തിരഞ്ഞെടുത്തത് കാരണം ധാരാളം ജലാശയങ്ങൾ ഉള്ളതായിരിക്കണം കുന്നും മലകളും ഉള്ളതാവരുത് നിരന്ന പ്രദേശമാവണം അങ്ങനെ ഒരുപാട് പരിഗണനകളുണ്ട് യുദ്ധഭൂമിക്ക് അതിനൊക്കെ യോജിക്കുന്ന സ്ഥലം ഹരിയാനയിലോ കുരുക്ഷേത്ര ജില്ലയിൽ ഇന്ന് അയൽ ജില്ലയുടെ ഒരു ഭാഗം കൂടിയുണ്ട് അറുപത്തിനാല് കിലോമീറ്റർ നീളവും അറുപത്തിനാല് കിലോമീറ്റർ വീതിയുമുള്ള യുദ്ധക്കളമാണ് തിരഞ്ഞെടുത്തത് അവിടെ എന്തൊക്കെ മഹാഭാരതത്തിൽ വർണ്ണിക്കപ്പെട്ട സ്ഥാനങ്ങളുണ്ട് ഇന്നും അവിടെ ഉണ്ട് ആർക്കും പോയി കാണാം പരശുരാമൻ സ്നാനം ചെയ്ത സന്നിഹിത തീർത്ഥം മഹാഭാരത യുദ്ധത്തിൽ യുദ്ധാനന്തരം ഗ്രഹണത്തോടനുബന്ധിച്ച് സ്നാനത്തിന് പോയ ബ്രഹ്മസരോവരം യുദ്ധാനന്തരം സർവർക്കും ബലിദാനം ചെയ്യപ്പെട്ട നാരായണ സരോവരം ഭീഷ്മര് നിവധിച്ചു കിടന്നിടത്ത് ഉള്ള അഗാധമായ ആഴമുള്ള ജലാശയം ഇതൊക്കെ ഇന്നും അവിടെ കാണാം ും കാണാം മാത്രല്ല ചില്ലാനം വാങ്ങിയിട്ട് ആ സ്ഥലമൊക്കെ കാണിക്കാനും മഹാഭാരത സ്മൃതി ഉണർത്താനും തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് സന്ദീപാനന്ദ സ്വാമി സംഘടിപ്പിക്കുന്നുണ്ട് അതൊക്കെ മനസ്സിലാണതുകൊണ്ട് മനസ്സിലേക്ക് തീർത്ഥയാത്ര ചെയ്തോളൂ എന്ന് പറയുക അല്ല ചെയ്യണത് അവിടെയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോവാണ് നാട്ടുകാരെ മഹാഭാരത സന്ദർഭത്തിൽ ഉണ്ടായ ജ്യോതിശാസ്ത്രപരമായ തെളിവുകൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് എന്നാകെ അന്ധകാരം പരത്തിക്കൊണ്ട് ഗ്രഹണം സംഭവിച്ചത് അത് രേഖപ്പെടുത്തപ്പെട്ടതാണ് മഹാഭാരതത്തിൽ പങ്കെടുത്ത യുദ്ധത്തിൽ പങ്കെടുത്ത ഓരോ വിഭാഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ പരാമർശമുണ്ട് ഏത് നാട്ടിൽ നിന്ന് എത്ര സൈന്യം വന്നു എന്തൊക്കെ രീതിയിൽ വന്നു എങ്ങനെയൊക്കെ അവരെ സജ്ജീകരണം ചെയ്തു പാളയം എവിടെ അടിച്ചു ഓരോ ദിവസവും യുദ്ധത്തിന് എങ്ങനെ വ്യൂഹം ചമച്ചു ആരൊക്കെ മരിച്ചു ആരൊക്കെ എങ്ങനെയൊക്കെ പരാജയപ്പെട്ടു ജയിച്ചു ഇതൊക്കെ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സുവ്യക്തമായൊരു വർണ്ണന സ്പഷ്ടമായി നമ്മൾ കാണുമ്പോൾ അത് നാം സ്വീകരിക്കുന്നു ഇത് വെറും പ്രതീകമാണ് വ്യാഖ്യാനിക്കാൻ ആർക്കും സാധിക്കും അതിന് വിരോധമില്ല പക്ഷേ ശാസ്ത്ര ദൃഷ്ടി സമ്മതമല്ല അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ജനിച്ചു ജീവിച്ചു എന്നുള്ളതിനൊക്കെ എന്താ തെളിവെന്ന് ചോദിച്ചാൽ അതുപോലല്ലാത്ത ചോദ്യ ഏതായാലും ശ്രീകൃഷ്ണൻ്റെ വിഷയത്തിൽ ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ട് നമ്മുടെ നേവിയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കൂട്ടായി ചേർന്ന് നടത്തിയ ദ്വാരക പര്യവേഷണം സമുദ്രാന്തർഭാഗത്തുള്ള ഒരുപാട് ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെ കണ്ടെത്തുകയും അവയുടെ ഫോട്ടോകൾ നമുക്കൊക്കെ കാണാൻ സാധിക്കും വിധം പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ കാർബൺ ടസ്റ്റ് വെച്ചുകൊണ്ടുള്ള കാലയളവ് ഇതിഹാസപ്രസിദ്ധമായ അയ്യായിരത്തി ചില്ലാൻ കൊല്ലങ്ങൾ തന്നെയാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടു അച്ചച്ഛനെ കണ്ടിട്ടില്ല അച്ഛൻ്റെ അച്ചച്ഛന്റെ അച്ഛനെ കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെ ആളുണ്ടായിരുന്നു ഉറപ്പാ ഞാൻ ഉള്ളത് കൊണ്ട് രാമനും കൃഷ്ണനും നമ്മുടെ പൂർവികർ സജീവമായി ജീവിക്കുന്നു ഇവരൊക്കെ ചിരഞ്ജീവികളായി കഴിയുന്നു ബുക്സ് ഇറക്കിയ പതിനെട്ട് പുരാണങ്ങളിൽ ബ്രഹ്മ മഹാപുരാണത്തിൽ ഇങ്ങനെ വായിക്കുവാനിടയായി ഏതെല്ലാം വസ്തുക്കൾ എത്ര കാലം പിതൃക്കൾക്ക് പ്രീതി ഉണ്ടാക്കുമെന്ന് ഞാൻ പറയാം മത്സ്യമാംസം കൊണ്ട് പിതാമഹന്മാർ രണ്ട് മാസം തൃപ്തരാകും ആടിൻ്റെ മാംസം നൽകിയാൽ മൂന്ന് മാസം മുയൽ മാംസം നാല് മാംസം പക്ഷിമാംസം അഞ്ച് മാസം പന്നിയുടെ മാംസം ആറ് മാസം മുട്ടനാടിൻ്റെ മാംസം ഏഴ് മാസം കൃഷ്ണ മൃഗമാംസം കൊണ്ട് എട്ട് മാസം രുരുമൃഗമാംസം ഒമ്പത് മാസം ഗോമാംസം പത്ത് മാസക്കാലം പിതൃക്കളെ തൃപ്തരാക്കും ഇതൊക്കെ സ്വർഗ്ഗപ്രാപ്തിക്ക് ഇടവരുത്തും എന്ന് പറയുന്നതിൽ എത്രമാത്രം പ്രസക്തിയുമുണ്ട് ഇത്തരം ഗ്രന്ഥങ്ങൾ സാധാരണ ജനങ്ങളെ സനാതനധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ പ്രേരിപ്പിക്കുകയില്ലേ ഞങ്ങളുടെ ആശങ്ക തീർക്കുവാൻ അപേക്ഷ അത് ഡി സി ബുക്സ് തട്ടിപ്പായിട്ട് എഴുതിയതൊന്നും അല്ല പുരാണത്തിൽ അത്തരം വർണ്ണനയുമുണ്ട് സത്യമല്ലേ പറയാൻ പറ്റൂ പക്ഷേ ഇവിടെ വേറൊരു വിഷയം മാംസ ശബ്ദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഏതർത്ഥം നമ്മൾ സ്വീകരിക്കുന്നു എന്നനുസരിച്ചിരിക്കും പഴവർഗ്ഗങ്ങൾ കേടുവരാതിരിക്കാൻ പകുതി ഉണക്കി സൂക്ഷിക്കുന്നതിന് മാംസം എന്ന് പറയും പണ്ട് കാലത്ത് ധാരാളം ഇത് സൂക്ഷിച്ചിരുന്നു പഴവർഗ്ഗങ്ങൾ പകുതി ഉണക്കിയിട്ട് സൂക്ഷിക്കുക പച്ചക്കറികൾ പകുതി ഉണക്കി സൂക്ഷിക്കുക മാംസം എന്ന് പറയുമായിരിക്കും അങ്ങനെയുമുണ്ട് അപ്പൊ പുരാണത്തിൽ പറയുന്ന വാക്കുകളുടെ യഥാർത്ഥമായ അർത്ഥം എന്ത് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ട് ഇപ്പൊ വ്യാഖ്യാതാക്കൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണക്കാര് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവർ ചെയ്യും ഉദാഹരണം പറഞ്ഞാൽ ഗീതാപ്രസ് ആണെന്ന് വിചാരിച്ചോളൂ ഇറക്കുന്നത് അപ്പം ഗീതാപ്രസ് വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും മാംസമല്ല അത് പഴമാണ് പച്ചക്കറിയാണെന്ന് വരുത്തി തീർക്കാൻ വളഞ്ഞ വഴി പോലും വ്യാഖ്യാനിക്കും വളഞ്ഞ വഴിപ്പോലും വ്യാഖ്യാനിക്കും അത് മാംസമല്ല എന്നാണ് ബോധിപ്പിക്കും കാരണം അവർ ശുദ്ധവൈഷ്ണവരായത് കൊണ്ട് അവർക്ക് ഒരിക്കലും മാംസം എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാലിത് മാംസമാണെന്ന് സമർത്ഥിക്കാൻ ത്വരയുള്ള ആൾക്കാരുണ്ട് അവർ പെട്ടെന്ന് മാംസമാണെന്ന് അങ്ങോട്ട് എഴുതും നമുക്കൊന്നേ പറയാൻ പറ്റൂ ഇങ്ങനെയുള്ള പല വർണ്ണനകളും ഇതിഹാസ പുരാണങ്ങളിലുണ്ട് പലതും നമുക്ക് യുക്തിപൂർവമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തരില്ല ഒന്ന് രണ്ട് പുരാണത്തിലും ഇതിഹാസത്തിലും ഒരുപാട് പ്രക്ഷിപ്തങ്ങളുണ്ട് പിൽക്കാലത്ത് തിരികെ കയറ്റപ്പെട്ടവ ഒരുപാടുണ്ട് കുറച്ചൊന്നുമല്ല പ്രക്ഷിപ്ത ഭാഗങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും എന്തിന് മുകളന്മാരുടെ ഭരണകാലത്തും മറ്റും ഒരുപാട് തിരികെ കയറ്റലുകൾ പുരാണവാങ്മയത്തിലുണ്ട് അങ്ങനെയാണല്ലോ ഭവിഷ്യ പുരാണത്തിൽ ഈ കാലഘട്ടത്തിൽ മലയച്ചന്മാരായവർ വന്നു ചേരും അവർ ലിംഗാഗ്ര ചർമ്മം മുറിച്ചവരായിരിക്കും അവർ വന്നിമാംസം ഭക്ഷിക്കാത്തവരായിരിക്കും അവരെ നിങ്ങൾ ആദരിക്കണം തുടങ്ങിയ വാക്യങ്ങൾ വന്നത് അത് വ്യാസനെഴുതി എന്ന് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിരാഹിത്യം നമുക്കില്ല അഥവാ വ്യാസനാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് കൊല്ലങ്ങൾക്ക് ശേഷം വരാൻ പോകുന്നവരെ പറ്റി പ്രവചിച്ച വ്യാസനെയല്ലേ അധികം ബഹുമാനിക്കേണ്ടത് നമസ്തു വ്യാസ വിശാലബുദ്ധേ അർത്ഥം മനസ്സിലാവുക ഇങ്ങനെ ഒരുപാട് പ്രക്ഷിപ്ത ഭാഗങ്ങൾ ഇതിഹാസ പുരാണവാങ്മയത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കണം ചെറുപ്പം മുതൽ മുത്തശ്ശിമാർ പറഞ്ഞു തന്ന രാമായണവും ഭാഗവതവും കേട്ടാണ് ഞാൻ വളർന്നത് വളരെ വളരെ സന്തോഷം ക്ഷേത്രത്തിൽ പോകുമ്പോൾ വിഗ്രഹമാണെല്ലാം എന്ന് കരുതി പോന്നിരുന്നു അപ്പം മുത്തശ്ശിയുടെ കഥ ശരിക്കും കേട്ടിട്ടില്ല മുത്തശ്ശി പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിഗ്രഹത്തെ അല്ല വിഗ്രഹത്തിലൂടെ എന്ന് മനസ്സിലാക്കുമായിരുന്നു അതിരിക്കട്ടെ പിന്നീട് തത്വമസി അഹംബ്രഹ്മാസ്മി എന്നീ മന്ത്രങ്ങൾ വായിക്കുകയും സ്വാമിമാരുടെ പ്രസംഗങ്ങളും മറ്റും കേട്ട് മനസ്സിനാകെ പ്രക്ഷുബ്ധാവസ്ഥ വന്നു ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ അത്ര പഴയ തീവ്രമായ വിഗ്രഹാരാധനയോടും താല്പര്യമില്ലാതായി പല ഉപനിഷത്തുക്കളും ഗീതയും വായിച്ചിട്ടുണ്ടെങ്കിലും അതിലെ ആത്മതത്വവും മനസ്സിലാവുന്നുണ്ടെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സ്വാമിയുടെ വിലയേറിയ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു ക്രമമായി പഠിക്കണം അക്രമമായി പഠിക്കരുത് ഏത് വിദ്യയും ദഹിക്കണം ദഹിക്കാത്ത വിദ്യ അജീർണ രോഗത്തുണ്ടാക്കും ദഹനക്കേട് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര ഗഹനമായ ഉപനിഷത്തുക്കളൊക്കെ പഠിക്കുന്നത് അവിടെ നിർത്തുക അവനു മനസ്സിലാവുന്നത് മാത്രം വായിച്ചു പഠിക്കുക ഏത് സ്വാമി തത്വമസി അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞാലും അതേപടി വിഴുങ്ങാതെ തൻ്റെ തലത്തിനനുസരിച്ച് മനസ്സിലാക്കുക ബഹുശാസ്ത്ര ഗുരുപാസനെ പി സാരാധാനം ഷഡ്പഥവധ ഗുരുനാഥന്മാരിൽ നിന്ന് അനേക ഗ്രന്ഥങ്ങളെ പഠിക്കുന്നുണ്ടെങ്കിലും ഷഡ്പഥം എന്ന പോലെ സാരം ഗ്രഹിക്കൂ ഷഡ്പദം പലതിൽ പോയിരിക്കും പറയിൽ പോയിരിക്കും ചെടിയിൽ പോയിരിക്കും പൂവിൽ പോയിരിക്കും ഇലയിൽ പോയിരിക്കും പക്ഷേ പൂവിൽ നിന്ന് തേൻ മാത്രമേ സ്വീകരിക്കൂ വേറൊന്നും സ്വീകരിക്കില്ല എനി ചോദിക്കട്ടെ ഈ തേൻ തന്നെ പല സ്വാദല്ലേ വാഴപ്പൂവിൻ്റെ തേനിനും റബ്ബർ പൂവിൻ്റെ തേനിനും ചെമ്പരത്തിപ്പൂവിൻ്റെ തേനും ഒരു സ്വാദാണോ അല്ല മൂന്നിന് മൂന്ന് സ്വാദാണ് പക്ഷേ ജനീശയുടെ ഉള്ളിലെത്തിക്കഴിഞ്ഞാലോ ഒരു സ്വാദാവും ഇതുപോലെ ഏത് വിദ്യ ആരില്ലെന്ന് കേട്ടാലും സ്വാംശീകരിക്കണം സ്വാംശീകരിക്കാൻ കഴിയാത്തത് സംശയങ്ങളെ ചോദിച്ച് നിവൃത്തി വരുത്തണം അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഉപാസന ചെയ്യുക എന്നാണ് നമുക്ക് പറയാനുള്ളത് വിഗ്രഹോപാസനയെല്ലാം കൊഴിഞ്ഞു പോകും ക്ഷേത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോകും പക്ഷെ പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാവില്ല ശാന്തമായിരിക്കും ആ ഒരു ശാന്തത കൈവരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ ഉപേക്ഷിക്കാൻ അധികാരിയായിട്ടില്ല എന്നർത്ഥമാകുന്നു അതുകൊണ്ട് ക്ഷേത്രോപാസനയും മറ്റും ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക എന്നാണ് പറയുന്നത് കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ വ്യക്തിപരമായി ഈ വിഷയം സംസാരിക്കാം തൽക്കാലം ഉപസംഹരിക്കുന്നു ബാക്കി നമുക്ക് നാളെ കൃത്യസമയത്തിന് തുടരാം ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ